ശരി <try> മണ്ഡപത്ോമിക്ഷം തോദം ഭഗവത് ഭക്ഷ്യതി सुप्तस्थानं अंतप्रसत्तो सतां 99 विमसरिणो कप्रेवित्त भुक्तैजसो दिग्यपादः कृतसत्तो नन्चनाकामं गमय देनगन्दन स्वप्नं वसिदिगसुशक्तिसुप्तस्थानं ൂത പ്രഭാദമയോനന്ദ ഭക്ഷ ്രംനോ ഭേദ പ്രാനം പ്രശ്യമിന് ഏകാഗ്രസാരം പ്രപഞ്ചോ വശനം ശാന്തം ശിവം അദ്വൈതം ചതു സാത്മാവിഹ അധിമ ആപണോധ സർശനസ്ത്രേ ഉയസ സമാനസഭസ്ഥാനമകാരൃതീയമാത്രാമിതേ പേർ വാമിനിഹാനം വേദ ഹംകാരത്മേ സംശത്തി ആത്മനത്മാന വ്യവേദ ണ parch� Auf ഽങാ സിസികിണ്ികളൎലകാ ർ�ാഴി കളിസികാ യച്വാാ ധിലാ എളാറാ formulated ഖാച്ണ bouncyaint 170 Saturday ൊച്നാ ്ണാച്്കേ൵ummerнак ്കനാ ൱ സ തwościേ യങങ ഻വomedical dissolve ドン� ൙ഞറിനച അതിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത് പണ്ഡിതന്മാർ ചിന്ത ചർച്ച അതെങ്ങനെയാണെന്നാണ് ഇവിടെ വിശദീകരിച്ചത് ആത്മാവിനെ കുറിച്ച് അല്ലെങ്കിൽ തത്വത്തെക്കുറിച്ച് അറിവുള്ളവർ തന്നെ പലതരത്തിൽ പറയുന്നു ഇവിടെ പറഞ്ഞു അസ്ഥി എന്ന് പറയുന്ന റിപ്പോർട്ടുകൾ അത് വിജ്ഞാനവാദികൾ അസ്ഥി എന്ന് പറയുന്നത് അസ്ഥി എന്ന് പറയുന്നുശേഷ അസ്ഥി എന്ന് പറയുന്നു അസ്ഥി എന്ന് പറയുന്നത് അതിന് വിശദീകരിക്കും നാസ്തി എന്ന് പറയുന്നത് വിജ്ഞാനവാദികൾ ക്ഷണികമായ വിജ്ഞാനത്തിനപ്പുറം മറ്റൊന്നുമില്ല അസ്ഥി നാസ്തി എന്ന് പറയുന്നത് ദിദംബരെന്ന ജൈനന്മാരുടെ പക്ഷം നാസ്തി എന്ന് പറയുന്നത് ബൗദ്ധന്മാർ തന്നെ ശൂന്യവാദികൾ ഇവരെല്ലാം പറയുന്നത് വലിയ വലിയ തത്വങ്ങളാണ് പക്ഷെ എല്ലാം അവരുടെ ബുദ്ധി തൽപ്പിതമാണ് അതുകൊണ്ടിതൊന്നും പരമാർത്ഥമല്ല എന്ന അതിനടുത്ത് വിശദീകരിക്കുന്നു അത്ര അസ്ഥി ഭാവശാല അസ്ഥി എന്ന് പറയുന്നത് ചെലമാണ് എന്നുവെച്ചത് പരിണാമിയാണ് ഘടാതി അനിത്യവില അതിന്റെ പ്രത്യേകത എന്താണോ ഒരു ആത്മാവിനെ കുറിച്ച് പറയുന്നത് ന്യായവൈശേഷികന്മാരുടെ അഭിപ്രായത്തെ കുറിച്ച് പറയുക അവരിതിനെ കുറിച്ച് ഒരുപാട് ചിന്തിച്ചിട്ടുണ്ട് പ്രാചീനന്മാരെ കുറിച്ച് പറയുകയാണ് ധുനിക കാലത്ത് വന്നപ്പോ അവൻ അഭിപ്രായങ്ങളൊക്കെ മാറിയിട്ടുണ്ട് പ്രാചീനന്മാരെന്താ പറഞ്ഞത് ആത്മാവ് അതവര് ആത്മാവിനെ പറയുന്നവരെ ദ്രവ്യമാണ് ദ്രവ്യം എന്ന് പറയുമ്പോൾ നമ്മൾ ധരിക്കുന്ന അർത്ഥത്തിനൊന്നുമല്ല ദ്രവ്യം എന്ന് പറഞ്ഞാൽ താല്പര്യം ഗുണമുള്ളത് അങ്ങനെ ഗുണവത്വം ക്രിയാഗത്വം ദ്രവീക സാമാന്യ ലക്ഷണം എന്നാണ് അവർ ദ്രവ്യത്തിന് ലക്ഷണം പറയുന്നത് ഗുണമുള്ളത് അല്ലെങ്കിൽ ക്രിയുള്ളത് അതൊക്കെ ദ്രവ്യമാണ് നമ്മൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ദ്രവ്യമല്ല അതൊരു പാരിഭാഷിക ശബ്ദമാണ് സാങ്കേതിക ശബ്ദമാണ് ആത്മാവ് ദ്രവ്യമാണ് എന്തുകൊണ്ട് അതിൽ ഗുണമുള്ളതാണ് ആത്മാവിൽ അനേക ഗുണങ്ങളുണ്ട് എന്താണ് അതിൽ നിത്യമായ ഗുണങ്ങളും അനിത്യമായ ഗുണങ്ങളുമുണ്ട് ആത്മാവ് നിത്യമാണ് അതവരംഗീകരിക്കുന്നു നിത്യമായ ഗുണങ്ങളുമുണ്ട് പക്ഷെ ആത്മാവിനും അനിത്യമായ ഗുണങ്ങളുണ്ട് എന്താണ് സുഖം ദുഃഖം ഇതെല്ലാം ഈശ്വരനും ആത്മാവാണ് ഈശ്വരന് ഗുണമുണ്ട് ജ്ഞാനം അത് നിത്യമാണ് പക്ഷെ ജീവന്മാരും ആത്മാക്കളാണ് അതിലിരിക്കുന്ന ജ്ഞാനും സുഖം ഇച്ഛ പ്രയത്നം ഇതെല്ലാം നശിക്കുന്നതാണ് അതുകൊണ്ട് ആത്മാവിൽ നിത്യഗുണങ്ങളും അനിത്യഗുണങ്ങളും ഉണ്ട് അനിത്യഗുണങ്ങളുള്ളത് കൊണ്ട് എന്താ സംഭവിക്കുന്നത് പ്രദീക്ഷണം ഈ ഗുണങ്ങൾ മാറിക്കൊണ്ടിരിക്കുക എന്നാൽ ഘടാതി അനിത്യക്ഷണ ഘടാദികളെ പോലെ അല്ല മറ്റു വസ്തുക്കളെ പോലെയല്ല മറ്റു പദാർത്ഥങ്ങളെ പോലെയല്ല അതിനും ഗുണങ്ങളുണ്ട് പക്ഷെ അത് വസ്തുവും നശിച്ചു പോകുന്നു ആത്മാവിൽ ഗുണങ്ങളുണ്ടെങ്കിലും ആത്മാവ് നശിക്കുന്നില്ല ഗുണങ്ങൾ നശിക്കുന്നു അതുകൊണ്ട് ആത്മാവിൽ നിരന്തരം ഗുണ പരിണാമം സംഭവിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ ഗുണത്തിന്റെ ഉത്പത്തിനാശങ്ങൾ സംഭവിക്കുന്നതുകൊണ്ട് അത് ചിലമാണോ എന്നുവെച്ചാൽ പരിണാമമുള്ളതാണോ സ്വയം അത് പരിണമിക്കുന്നുണ്ടെങ്കിലും അത് പരിണാമമുള്ളതാണെന്ന് പറയുന്നു അപ്പോൾ അത് ില്ല അജാതത്തിൽ അതൊന്നും അംഗീകരിക്കുന്നില്ല ആത്മാവ് നിത്യം എന്ന് പറയുന്നത് ശരി പക്ഷെ അതിൽ വാസ്തവത്തിൽ ഗുണങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറയുന്നു സ്വീകരിക്കുന്നില്ല അതുകൊണ്ട് അതും തത്വചിന്തയല്ല ആത്മാവിനെ സംബന്ധിച്ചുള്ള ശരിയായ അറിവല്ല അത് പിന്നെ ഭാവസ്ഥിര സദ ഭാവം അത് പറയുന്നത് വിജ്ഞാനത്തെ കുറിച്ച് പറയും അത് ബുദ്ധന്റെ അനുയായികളിൽ ഒരു വിഭാഗം വിജ്ഞാനവാദിക്കാം ഒരു പറയുന്നത് എന്താണ് വിജ്ഞാനം ക്ഷണികമാണ് എന്നുവെച്ചാൽ ഉണ്ടാകുന്നു നശിക്കുന്നു ആ വിജ്ഞാനധാര അതാണ് ആ മാം ഒരു ദീപം പ്രകാശിക്കുന്നതുപോലെ ദീപം അല്ലെങ്കിൽ ജലം ഒഴുകുന്നതുപോലെ അതുപോലെ ദീപകണികകളാണ് ആ ദീപം എന്ന് പറയുന്ന ഏകമായൊരു വസ്തുവില്ല എന്നാലും നമുക്ക് തോന്നുന്നു എന്താണെന്നും ഒരു ദീപം ഉണ്ടെന്ന് തോന്നുന്നു പ്രദക്ഷിണം ഉണ്ടായി നശിച്ചുകൊണ്ടിരിക്കുന്ന ആ കണികകളാണ് അതിന് നമ്മൾ അതിൽ അത് ഒന്നാണെന്നും ഏകമാണെന്നും നമ്മളതിൽ ആരോപിക്കുകയാണ് അത് ഭ്രാന്തി അതുപോലെ ഈ വിജ്ഞാനധാരാണ് ആത്മാറു എന്ന് പറയുന്നത് വിജ്ഞാനത്തിന്റെ പ്രത്യേകത എന്താണ് അത് അനേകക്ഷണങ്ങളും നീക്കത്തില്ല ഒരു ക്ഷണമേ ഉള്ളൂ ഒരു ക്ഷണം നീക്കുന്നൊണ്ട് തന്നെ അതിൽ പരിണാമങ്ങളൊന്നും സംഭവിക്കുന്നില്ല രണ്ടെന്നുമുള്ള വ്യത്യാസം എന്താണ് ന്യായവൈശേഷികന്മാർ പറയുന്ന ആത്മാവ് നിത്യമാണ് അനേകക്ഷണത്തിൽ നിൽക്കുന്നതാണ് അതുകൊണ്ട് അതിൽ പരിണാമങ്ങൾ സംഭവിക്കുന്നു അവിടെ ഗുണങ്ങൾ മാറി മാറി വരുന്നു ഇത് ഒരു ക്ഷണമേ ഉള്ളൂ എങ്കിൽ നിലനിൽക്കുള്ളൂ എങ്കിൽ അതിലെങ്ങനെ പരിണാമം സംഭവിക്കും സംഭവിക്കത്തില്ല അതുകൊണ്ട് സ്ഥിരമാണ് അതിനതിരിതമായും മറ്റൊന്നുമില്ല അതാണ് നാസ്തി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് അതില്ല എന്നുള്ള അർത്ഥത്തിലാണ് അത് ശൂന്യവാദി പറയുന്നു നാസ്തി ഭാവസ്ഥിര സദാ അവിശേഷത്വ അത് ഏകരൂപത്തിൽ തന്നെ സ്ഥിതി കാരണം അതിലെന്തെങ്കിലും മാറ്റം വന്നെങ്കിൽ അത് രണ്ടാമത് ലക്ഷണം കൂടെ നീക്കണം നിൽക്കുന്നില്ല അതുകൊണ്ട് ഉഭയ ചലസ്ഥിര വിഷയത്വാ സദസദ്ഭാവവും അഭാവവും അത്യന്ത സദസദ്ഭാവം അത്രയും വേറെയാണ് ഉഭയ ചലസ്ഥിര വിഷയത്വാ സദസദ്ഭാവ സദസം അസ്ഥി നാസ്തിഭാവം അത് ദിഗംബരന്മാർ പറയുന്നു ആത്മാവർ പറയുന്നു എന്താണോ അത് ചലമാണെന്ന് അവർ പറയുന്നു സംസാരാവസ്ഥയിൽ അത് പരിണാമം സംഭവിക്കുന്നു അതുകൊണ്ട് തന്നെ ചലം എന്ന് പറയും മോക്ഷാവസ്ഥയിൽ അസ്ഥിരമായിരിക്കുന്നു പരിണാമം ഒന്നും സംഭവിക്കുന്നില്ല അതുകൊണ്ടുതന്നെ അതിന് അസ്ഥി നാസ്തി എന്ന് പറയുന്നു അത് മൃതശരീരത്തിൽ അതില്ല ജീവശരീരത്തിലുണ്ട് അങ്ങനെയും പറയും അല്ലെങ്കിൽ ആത്മാവും ജീവിച്ചിരിക്കുമ്പോൾ അത് ചിലമാണ് പ്രണാമം സംഭവിക്കുന്നത് അത് ആ പ്രണാമം കൊണ്ടാണ് ബാല്യം യൗവനം വർദ്ധകൃം എല്ലാം സംഭവിക്കുന്നത് പുനർജന്മം സംഭവിക്കുന്നത് പക്ഷെ മോക്ഷം അസ്ഥിരമായിത്തീരുന്നു ഇങ്ങനെയുള്ള ബൗദ്ധിക കൽപ്പനകൾ ഉഭയ ചില അത് മൂന്നാമത്തെ പക്ഷം ഒരു വിരാമം വേണ്ട ഈ പുസ്തകത്തിൽ അത് നാലാമത്തെ പക്ഷം പറയുന്നു അഭാവോ അത്യന്താഭാവ അത് നാലാമത്തെ പ്രശ്നം ശുഞ്ഞവാദം അത് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തതാണ് നിരധിഷ്ഠാനമായും നിര നിസ്സാക്ഷികമായും ും അതെന്താണ് എങ്ങനെയാണോ ഒന്നും പറയാൻ പറയുക അത്യന്താഭാവം എന്ന് പറയുന്നതാണ് അതിനൊരു സാക്ഷിയില്ല അതിനൊരാധാരം ആ ശൂന്യമാണ് സർവാധാരമായിരിക്കുന്നു അപ്പോ ഇവിടെ അനുഭവപ്പെടുന്നതോ ആധാരം സാക്ഷി അതെല്ലാം ഭ്രാന്തി ശൂന്യതയിലുള്ള ഭ്രാന്തിയാണ് അതാണ് അത്യന്താഭാവം ശൂന്യവാദികളുടെ പ്രകാര ചതുഷ്ട നാല് തരത്തിലൂടെ വിശദീകരിച്ചത് എന്തൊക്കെയാണ് ന്യായവൈശേഷികന്മാരുടെ പക്ഷം സ്ഥിരം വിജ്ഞാനവാദികളുടെ പക്ഷം ഉഭയം ജൈനന്മാരുടെ പക്ഷം ശൂന്യവാദികളുടെ ഭഗവന്തം ആവണോദ്യവേകി ഇത് പറയുന്നത് പണ്ഡിതന്മാരെ കുറിച്ചാണ് ചിന്തിക്കുന്നവരെ കുറിച്ചാണ് കാരണം ചിന്തിക്കുകയാണെങ്കിൽ ഏതു തരത്തിലും ഇതിനെക്കുറിച്ച് ചിന്തിക്കാം അത് അവസാനമില്ലാത്തതാണ് ഇവരെല്ലാവരും സദസദാധിവാദി സർവോപി സർവരും ഇതാരും കുറഞ്ഞ ആൾക്കാരല്ല എല്ലാം പ്രഗത്ഭന്മാരായ ആചാര്യന്മാരാണ് ഈ വിഷയങ്ങളിലെല്ലാം കൂടി ഗ്രന്ഥങ്ങളുണ്ട് ഇവരെല്ലാം ധാരാളം ചിന്തിച്ചിരിക്കുന്നു പക്ഷെ ഇതെല്ലാം കൊണ്ടെന്താ സംഭവിച്ചത് ഭഗവന്തം ഭഗവാനെ ആവർണോത്തി ആവരണം ചെയ്യുന്നു മായ കല്പനകൾ ഇതിനെ ആവരണം ചെയ്യാനേ ഉപകരിക്കുന്നുള്ളൂ എന്നാ സത്യത്തെ മറയ്ക്കാനാണ് നമ്മൾ മുമ്പും ചർച്ച ചെയ്തിട്ടുണ്ട് നമ്മുടെ കൽപ്പനകൾ നമ്മുടെ ധാരണകൾ ഭാവനകൾ ഊഹങ്ങൾ സ്മരണകൾ അനുഭവങ്ങൾ ഇതെല്ലാം എന്താണോ സത്യത്തെ മറയ്ക്കാനേ ഉപകരിക്കൂ ഇതിനൊന്നും സത്യത്തെ വെളിപ്പെടുത്താൻ പറ്റത്തില്ല സത്യത്തിന് ഇത് മൂടികളയുന്നു ഇതാരണിത് ഈ ആവനം ചെയ്യുന്നത് ബാലിച്ച ബാലന്റെ സ്വഭാവമുള്ളവർ കുട്ടികളുടെ സ്വഭാവമുള്ളവർ തത്വത്തെ സംബന്ധിച്ചവർ കുട്ടികളെ പോലെയാണ് കുട്ടികളെന്താണ് അവര് നമ്മൾ പറയും കുട്ടി അവൻ വിവേകമില്ലാത്തവനാണ് അവൻ അതിനെക്കുറിച്ച് അങ്ങനെ പറയുന്നു ഇതിനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നു എല്ലാം അവന്റെ ഭാവനയാണ് കല്പനയാണ് മുതിർന്നവനെ പോലെ അവന് സത്യാസത്യങ്ങൾ ധർമാധർമ്മങ്ങൾ നീതി അനീതി ഇതൊന്നും തിരിച്ചറിയാൻ കഴിയുന്നില്ല അവന് വിവേകമില്ല അതുകൊണ്ടാണ് നമ്മൾ പറയുന്നത് ബാലനെന്ന് അവരുടെ ഭാവനയിൽ തോന്നുന്നെന്തോ അത് ആ ബാലനെ പോലെ ബാലന്റെ സ്വഭാവമുള്ളവരാണ് ഇവരെന്ന ബാലിശന്മാർ ഇവിടെ ഈ പറയുന്ന തത്വചിന്തയെ തത്വ ചിന്തയെ സംബന്ധിച്ചവര് എത്ര മഹത്തായ ആശയങ്ങൾ പറഞ്ഞാലും ശരി അത് ബാലന്മാരുടെ അഭിപ്രായം പോലും ഗണിക്കുന്നേ ഉള്ളു ഇവിടെ ഇവിടത്തെ ആചാര്യം അവിവേകി എല്ലാം അവിവേകികളാണ് അപ്പൊ ഇവിടെ പണ്ഡിതനെന്ന് പറഞ്ഞാലർത്ഥം അവിവേകി എന്നാ ഇനി ശരിയായ പണ്ഡിതനെ കുറിച്ചടുത്ത് പറയും ഇവിടെ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ ബാലശന് ഗീതാ ഭാഷയത്തിൽ പറഞ്ഞിട്ടുണ്ട് പണ്ട ആത്മവിഷയ ബുദ്ധി സഞ്ചാത യശ്സ പണ്ഡിത ആത്മവിഷയമായ ബുദ്ധിയുള്ളവനാണ് പണ്ഡിതൻ ഇപ്പൊ പണ്ഡിതനെന്ന് പറയുന്ന ശബ്ദത്തെ രണ്ടു തരത്തിലും പറയുന്നു ഇവിടെ പണ്ഡിതനെന്ന് പറഞ്ഞാൽ ബാലിശൻ അവിവേകി അവിടെ പണ്ഡിതനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആത്മജ്ഞാനി അവിടെ ശബ്ദത്തിന് സന്ദർഭമനുസരിച്ച് അർത്ഥവ്യത്യാസം വരുന്ന ശ്രദ്ധിക്കുന്നു അതുകൊണ്ട് പണ്ഡിതനെന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒരു അർത്ഥമേ ഉള്ളൂ എന്ന് നമ്മൾ ധരിച്ചറിയും ഒരു ശബ്ദത്തിന് എന്നാൽ എല്ലാ ശബ്ദങ്ങൾക്കും സന്ദർഭം അനുസരിച്ച് അർത്ഥം മാറും അതുകൊണ്ട് നമ്മൾ വാച്ച് പിടിക്കും അങ്ങനെ ഉണ്ടല്ലോ മുറി വിദ്വാൻമാർ പിന്നെ ശബ്ദത്തിന് ഇതാണ് അർത്ഥം എന്ന് പറഞ്ഞ് വാച്ച് പിടിക്കും അത് തെറ്റാണ് ഇത് ശരിയാണ് അങ്ങനെ പറഞ്ഞാൽ അത് സന്ദർഭം അനുസരിച്ച് മാറാം അനുസരിച്ച് മാറാം ശബ്ദാർത്ഥങ്ങൾ മാറുന്നതിന് ഒരുപാട് നിമിത്തങ്ങളുണ്ട് അതുകൊണ്ട് ഈ രണ്ട് അർത്ഥത്തിനും കൂടെ ഒരാൾ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഭാഷകാരൻ തന്നെ ഉപയോഗിച്ചിരിക്കുന്നു ഒരിടത്ത് പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അഭിവേകി ഒരിടത്ത് പണ്ഡിതനെന്ന് പറഞ്ഞാൽ പണ്ഡിത സമദർശിനെല്ലാം അവിടെ ജ്ഞാനിയായി എന്റെ പണ്ഡിതോ ബാലിശേവ പരമാർത്ഥ തത്വ അനവബോധ ൂഢ ജന പണ്ഡിതോ പണ്ഡിതന്മാര് എന്ന് പറയും ഇത്രയും വലിയ ശാസ്ത്രങ്ങൾ ജയിച്ചിരിക്കാൻ ഇത്രയും ഗഹനമായി ചിന്തിച്ചവര് തപസ് ചെയ്തവര് ഇവരുടെ ശാസ്ത്രങ്ങൾ പറയുന്നവരുടെ തപസ്സിന്റെ ഫലമാണ് അവര് നിസ്സാരക്കാരാണ് എല്ലാ ഗംഭീരങ്ങളായ ശാസ്ത്രങ്ങളൊന്നും അവർക്കുണ്ടാക്കാൻ പറ്റത്തില്ല അങ്ങനെയുള്ള തപസികൾ ആണ് ഇവിടെ പണ്ഡിതന്മാരെന്ന് പറയുന്നത് ആ പണ്ഡിതന്മാർ ബാലിസേവ അവരും അജാതിയുടെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ഇവിടെ ആചാര്യന്റെ നിലയിൽ നിന്ന് നോക്കുമ്പോൾ ബാലന്മാരെ പോലെയാണ് ബാലന്മാരുടെ ചിന്തയിൽ അവർ ബാലന്മാരെ പോലെയാണോ എന്തുകൊണ്ട് പരമാർത്ഥ തത്വ അനവബോധ അവർക്ക് അറിവില്ല എന്നല്ല പറയുന്നു അവർക്ക് ഒരുപാട് വിഷയങ്ങളെ സംബന്ധിച്ച് അവർക്ക് അറിവുണ്ട് ആത്മാഅ അങ്ങനെ കുറിച്ചും പദാർത്ഥങ്ങളെക്കുറിച്ചും ഒക്കെ അവർ ധാരാളം ചിന്തിച്ചിരിക്കുന്നു അപ്പൊ അങ്ങനെ അവർക്ക് ചിന്തിക്കാൻ ശേഷിയില്ലെന്നോ ബുദ്ധി ഇല്ലാത്തവരെന്നോ അറിവില്ലാത്തവരെന്നോ അത്തരത്തിലുള്ള വിവേകമില്ലാത്തവരെന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ പറയുന്നത് പരമാർത്ഥത അനുപബോധ പരമാർത്ഥതം അവർ ഗ്രഹിക്കുന്നില്ല അല്ലെങ്കിൽ അവരെന്തിനാണോ പരമാർത്ഥ തത്വം എന്ന് ഭ്രമിച്ചത് അതല്ല പരമാർത്ഥതം അത് ഈ പരമാർത്ഥതത്തെ സംബന്ധിച്ചുള്ള യഥാർത്ഥമായ ബോധമല്ല അതുകൊണ്ടാണ് പറയുന്നത് ബാലിശന്മാർ അല്ല വേറെ അർത്ഥത്തിലല്ല അതേസമയം ഇതേ ആചാര്യന്മാരെ തന്നെ ഇവിടെ അറിവിന്റെ കാര്യത്തിൽ ഇതേ ആചാര്യൻ തന്നെ വളരെ പൂഴ്ത്തിയിട്ടുണ്ട് ബ്രഹ്മസൂത്രത്തിലും മറ്റും രണ്ടും ചെയ്യുന്നു ആചാര്യ പ്രണതി പ്രണീതും സൂത്രം നമ്മളിവിടെ ചർച്ച ചെയ്താണ് അത് ആചാര്യൻ ഇത്ര മഹത്തായ സൂത്രം ഉണ്ടാക്കിയിരിക്കുന്നു എന്ന് പറഞ്ഞ് ഗൌതമന് പ്രശംസിച്ചിട്ടുണ്ട് ഇതേ ആചാര്യൻ തന്നെ പക്ഷെ അതേ ആചാര്യനെ തന്നെ ഇവിടെ പറയുന്നു ബാലിശൻ എന്ന് പറയുന്നു ഇതുവരെയാണ് നമ്മൾ കേൾക്കുന്ന കാര്യങ്ങളിലും പലതിനും നമുക്ക് പരസ്പര വിരുദ്ധം തോന്നുന്നു മുമ്പ് പറഞ്ഞതല്ലല്ലോ ഇപ്പൊ പറയുന്നത് അന്ന് പറഞ്ഞ ഇനി വിരുദ്ധമായിട്ടാണല്ലോ വന്നത് എന്ന് നമുക്ക് തോന്നിപ്പോ എന്തുകൊണ്ട് അതോരോ സന്ദർഭത്തിൽ പറയുന്നു ഒരു സന്ദർഭത്തിൽ അത് അങ്ങനെ പറയുന്നു മറ്റൊരു സന്ദർഭത്തിൽ വരുമ്പോൾ ഇങ്ങനെ പറയുന്നു ഓരോ സന്ദർഭമനുസരിച്ച് കാര്യങ്ങൾ വ്യത്യസ്തമായി മനസ്സിലാക്കുന്നു അതുകൊണ്ട് അവിടെ വൈരുദ്ധ്യം വരുന്നില്ല പറയുന്നതിന്റെ താൽപ്പര്യത്തെയാണ് മനസ്സിലാക്കേണ്ടത് എന്നാൽ ആ വാക്യാർത്ഥത്തിൽ പിടിച്ചു തോന്നിയിട്ട് അത് ഇതും തമ്മിലും പരസ്പര വിരുദ്ധമുള്ള കാര്യങ്ങളാണ് എങ്ങനെ ശരിയാകും എന്ന് ചിന്തിക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഇവിടെ ആചാര്യൻ ഒരു സ്ഥലത്ത് ഇവരെല്ലാം വളരെ പുകഴ്ത്തിയും ഇവിടെ പറയും പറയും പറയുന്നു ബാലിശൻ ആണത് അവരുടെ ചിന്ത അവർ മന്ദന്മാരാണ് അവിവേകികളാണ് രണ്ടും പറയും പറയുന്നതിന്റെ കാരണവും പറയുന്നു അവിടെ ബ്രഹ്മസൂത്രത്തിൽ വന്നവൻ പറഞ്ഞു ഗൌതമൻ ആചാര്യൻ മഹാനാണെന്ന് പറഞ്ഞു എന്തുകൊണ്ട് അവിടെ ജ്ഞാനം കൊണ്ട് മോക്ഷം എന്നുള്ള തത്വത്തെ അംഗീകരിച്ചിരിക്കുന്നു എന്താണ് ജ്ഞാനം എന്താണ് മോക്ഷത്തിന്റെ സ്വരൂപം എന്താണ് ആത്മാവിന്റെ സ്വരൂപം അവിടെയൊന്നും പൂർണമായി എത്തിയിട്ടില്ലെങ്കിലും ആ ഒരു തത്വത്തെ മുഖ്യമായൊരു തത്വം തത്വജ്ഞാനം കൊണ്ട് മോക്ഷം അത് അംഗീകരിച്ചു അത് അംഗീകരിച്ചപ്പോൾ അത് അംഗീകരിച്ച ഒറ്റ കാരണം കൊണ്ട് തന്നെ അദ്ദേഹം വിവേകിയായി യഥാർത്ഥ പണ്ഡിതനായി അതെല്ലാമാണ് പക്ഷെ ഇവിടെ എന്നിട്ടും അതുവരെ എത്തിയിട്ടും ആ പരമാർത്ഥ തത്വത്തെ വിഗ്രഹിച്ചില്ല അതുകൊണ്ട് ബാലിസനാണ് ബാലൻ മൂരെ പോലെയാണ് എങ്കിൽ കിമു സ്വഭാവമൂഢോ ജനം അങ്ങനെയാണെങ്കിൽ അതാണ് പണ്ഡിതന്മാരെ സംബന്ധിച്ചെങ്കിൽ സ്വഭാവമൂഢോചനം ശാസ്ത്ര പരിചയവുമില്ല തപസ് ചെയ്തിട്ടില്ല ഒരു തരത്തിലുള്ള അധ്യയനവും ഇല്ല അതീന്ദ്രിയമായ വിഷയങ്ങളെക്കുറിച്ച് അവർ ചിന്തിക്കുന്നില്ല അറിയാൻ ശ്രമിക്കുന്നില്ല അങ്ങനെയൊന്നും ചെയ്യാത്ത സ്വഭാവമൂഢ സ്വഭാവീന മൂഢന്മാരായിട്ടുള്ളവര് അവർക്കാകെയുള്ളത് അവരുടെ സമ്പാദ്യം എന്ന് പറയുന്നത് ഈ മൂഢത മാത്രമാണ് മൂഢണെന്ന് പറയുന്നതും ഉദ്ദേശിക്കുന്നതിങ്ങനെ ഇത്ര ശാസ്ത്ര വിഷയങ്ങൾ അതീന്ദ്രിയമായ വിഷയങ്ങളിൽ സാധാരണ ലൗകികമായ കാര്യങ്ങൾ അറിവുള്ളവരല്ല പറയുന്നത് അത് അറിവുണ്ടായാലും ഇല്ലെങ്കിലും ശരി ചടക്കെ ലൗകികമായ വിഷയങ്ങളിൽ അറിവുണ്ടാകാം ഇല്ലാതിരിക്കാം പക്ഷേ ഇവിടെ പറയുന്ന അതീന്ദ്രിയ വിഷയങ്ങൾ ആത്മാവ് ധർമ്മം തുടങ്ങിയ കാര്യങ്ങളിൽ റിവില്ലാത്തവര് ലൗകികമായ വിഷയങ്ങളിൽ ഭൗതികമായ വിഷയങ്ങളിൽ എന്തൊക്കെ അറിവ് നേടിയാലും ശരി അവര് ഡോക്ടറായാലും എഞ്ചിനീയറായാലും മറ്റെന്തൊക്കെയായാലും അവര് സ്വഭാവമൂഢ മൂഢന്മാര് തന്നെയാണ് സ്വഭാവേനും മൂഢന്മാരാണ് എന്നു ആ മൂഢത വിവേകം എവിടെയാ ഉണ്ടാവേണ്ടത് ആത്മാനാത്മവിഷയത്തിലാണ് സാധാരണ മനുഷ്യരെല്ലാം നമ്മൾ റിവുണ്ടെന്ന് ധരിക്കുന്നവർ അല്ലെങ്കിൽ ലൗകികമായ ഭൗതികമായ വേണ്ടത്ര ഉള്ളവർ നാനാവിഷയങ്ങൾ അറിവുള്ളവരെല്ലാം എല്ലാവരും സ്വഭാവമൂഢന്മാരാണ് മൂഢ അവർ ആത്മാവിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല അതിനുവേണ്ടി അവർ തപസ് ചെയ്യുന്നില്ല അങ്ങനെയുള്ളവരും ഇവിടെ ആ വിവേകികളായിപ്പോയി അപ്പൊ ആ രീതിയിൽ ശ്രദ്ധ തിരിഞ്ഞിട്ടില്ലാത്തവർ അവരെന്താണ് സ്വഭാവമൂഢന്മാരാണ് എന്നർത്ഥം അവർ ജന്മനാൽ തന്നെ മൂഢന്മാരാണെന്ന് ഒരിക്കലും അവരുടെ ഭാഗത്തു നിന്നൊരു പരിശ്രമമേ ഉണ്ടായിട്ടില്ല അവർ അവരുടെ ഒരു കൽപ്പനകൾ ഇതിനെ സംബന്ധിച്ച് വരുന്ന കൽപ്പനകളെ കുറിച്ച് എന്ത് പറയാനാണ് ആത്മാവ് എന്താണെന്ന് അറിയാൻ ശ്രമിക്കാതെ ആത്മാവിനെക്കുറിച്ച് എന്തെങ്കിലും ഊഹാപോഹങ്ങൾ പറയുക എന്തെങ്കിലും കൽപ്പന ചെയ്യുക അതിനുവേണ്ടി ഒരു പ്രയത്നം ചെയ്തിട്ടില്ല അങ്ങനെയുള്ള സാമാന്യ ജനങ്ങൾ അവരാ പറയുന്നതിന് എന്താ വിനയുള്ളതും അവരെ കുറിച്ച് എന്ത് പറയാനാണ് പണ്ഡിതന്മാരുകൂടി ഈ തത്വത്തിൽ ഒഴങ്ങിയിരിക്കുമ്പോൾ എന്തു പറയാനാണോ ഈ സാമാന്യ ജനങ്ങളുടെ കാര്യം എന്തു പറയാനാണോ അവർക്കെതിന്റെ പ്രകാശം ദേശവും ലഭിക്കുന്നില്ല എന്നാണ് പറയുന്നതിന്റെ താല്പര്യം സ്വഭാവമോടോ ജന വിത്യഭിപ്രായ ചിലോയാവർണോത്യവശ്യ ചതസ്രേതോ സൃത ഭഗവാൻ അപിജസ്പൃോ ദൃഷ്ടസീദന പരമാർത്വം യവോധാ അബാലിശ പണ്ഡിതോ ഭൂതി പറയുന്നു പണ്ഡിതനാകുന്നതിൽ ദോഷമൊന്നുമില്ല അത് നല്ലത് തന്നെയാണ് പക്ഷെ എങ്ങനെയുള്ള പണ്ഡിതനായിരിക്കണം അബാലിശ പണ്ഡിതൻ അബാലിശനായ പണ്ഡിതനായിരിക്കണം കാരണം പണ്ഡിതനാകുന്നതിനും വളരെ പ്രയത്നവും തപസ്സും ആവശ്യമാണ് അല്ല പണ്ഡിതനാകാൻ പറ്റത്തില്ല പക്ഷെ അത്രയും തപസ് ചെയ്തിട്ട് വീണ്ടും ബാലിശനായോ പണ്ഡിതനായതോ അത് വരാൻ പാടില്ല അത് അബാലിശനായ ശരിയായ തത്വത്തെ ഗ്രഹിക്കുന്നവനാകണം അതെങ്ങനെ ഏത് അവബോധ ഏതെന്നെ അറിഞ്ഞിട്ടാണോ ഇവിടെ പറയുന്നത് ജ്ഞാനം അതുകൊണ്ടാണ് അബാലിശനായ പണ്ഡിതനാകുന്നത് അതേ തന്നെ അറിഞ്ഞിട്ടാണ് കീതൃ പരമാർത്ഥ തത്വം ആ പരമാർത്ഥ തത്വം എങ്ങനെയാണ് എപ്രകാരമാണ് ഒരു പണ്ഡിതനായി യഥാർത്ഥ പണ്ഡിതനാക്കുന്നതും ഈ പരമാർത്ഥ തത്വം തന്നെ അതെങ്ങനെയാണ് അതും ഇവിടെ ആചാര്യൻ വെളിപ്പെടുത്തുന്നു കാര്യം തന്നെയാണ് അതിന്റെ പൂർണതയ്ക്ക് വേണ്ടി വീണ്ടും വെളിപ്പെടുത്തുന്നു കോട്ടിഹ यासां, യുക്തസ് ചതസ്രോയാടീന ഗ്രഹണൈലബി നിശയ സർവ ശാസ്ത്ര നിർണയാന്ത പ്രവാതുകന്മാർ പ്രവാതുകനെന്ന് പറഞ്ഞാൽ ശരിക്കും സംസ്കൃതത്തിൽ നമ്മൾ മലയാളത്തിൽ പറയുന്ന വായാടികൾ എന്ന് പറയുന്നത് കഴമ്പില്ലാതെ സംസാരിക്കുന്നത് ഒരുപാടൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും അവര് കഴമ്പൊന്നും കാണത്തില്ല അതുപോലെ ഈ വായാടികളായ ആചാര്യന്മാര് പണ്ഡിതന്മാര് അവരുടെ ശാസ്ത്രനിർണ്ണയാന്ത അവരുടെ ശാസ്ത്രത്തിൽ അവർ നിർണയിച്ചു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അവര് നിശ്ചയിച്ചിരിക്കുന്ന കാര്യങ്ങൾ ആ ശാസ്ത്രത്തിന്റെ വിഷയങ്ങൾ അതാണ് നിർണയാന്തൻകൻ എന്നെല്ലാം പറയും അവരുടെ ആ ശാസ്ത്ര താല്പര്യങ്ങൾ അതാണ് ഇതുവരെ ചർച്ച ചെയ്തത് കഴമ്പില്ലാന്നർത്ഥം ഒരുപാട് പറയും ഒരുപാട് എഴുതുന്നു അതാണ് അസ്ഥി നാസ്തിയാദിയ ഛതസ്രസാം കൊടീനാം അങ്ങനെ നാല് കോടികൾ കോടിയെന്ന് പറഞ്ഞാൽ സാധാരണ നാല് നാല് കോടിക്ക് സാധാരണ മൂല എന്ന് പറയും ഭാഗങ്ങൾ എന്ന് പറയും നാല് തലങ്ങൾ എന്ന് പറയാം നാല് തരത്തിലുള്ളതെന്ന് പറയാം അഗ്രം എന്ന് പറയും നാല് തരത്തിലുള്ള ചിന്തകളെ കുറിച്ച് പറഞ്ഞു ചതശ്രാം ഉപലബ്ധി നിശ്ചയി ഈ ആചാര്യന്മാർക്കുണ്ട് അനുയായികൾ ധാരാളം ഇങ്ങനെയുള്ള നാനാകൽപ്പനകളോടുകൂടിയിരിക്കുന്നവരെ പിന്തുടരുന്നവർ അവരും വാസ്തുവത്തിൽ അവർ ആത്മാവിനെ അന്വേഷിക്കുകയാണ് പക്ഷെ അവർ പിന്തുടരുന്ന ചിന്തകൾ ശരിയല്ല ഈ ചിന്തകളിലൂടെയാണ് ആത്മാവിനെ പിന്തുടരുകയാണെങ്കിൽ സദാ സർവതാ ആവൃത ഈ പരമാത്മതത്വം അവരെ സംബന്ധിച്ചിടത്തോളം മറഞ്ഞിരിക്കും എന്ന് പറയുന്ന എന്തുകൊണ്ട് ഈ പറയുന്നത് കാരണം ഇവിടെ ഈ കൊടികളെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആത്മാവിനെ സംബന്ധിച്ച് വരാമെന്നുള്ള കൽപ്പനകളെല്ലാം ഇവിടെ അന്തർഭവിച്ചു ആത്മാവിനെ അന്വേഷിക്കുന്നവർക്കെല്ലാം ആത്മാവിനെ സംബന്ധിച്ച് ഒരുപാട് കൽപ്പനകളുണ്ട് മുൻപും നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഈ കൽപ്പനകൾ തന്നെയാണ് ഇതിന് തടസ്സമായിരിക്കുന്നത് മിഥ്യാധാരണകളാണ് നമ്മൾ അറിവെന്ന് കരുതുന്നത് നമ്മൾ ആർജിക്കുന്ന ഇത് നമ്മൾ ആർജിക്കുന്ന അറിവുകളെല്ലാം ഇതിനേതെങ്കിലും ഒന്നായിരിക്കും അപ്പോ അറിവിലൂടെ നമ്മൾ ഇതിനെ വെളിപ്പെടുത്താൻ ശ്രമിക്കുകയാണ് പക്ഷേ എന്താ വാസ്തവത്തിൽ സംഭവിക്കുന്നത് അച്ഛാദിത ഈ അറിവ് തന്നെ ഇതിനെ ആവരണം ചെയ്യുന്നു മറയ്ക്കുന്നു നമ്മൾ ആർജിക്കുന്ന അറിവ് തന്നെ ഇതിനെ മൂടിക്കളയുന്നു നമ്മൾ ആർജിക്കുന്നത് ശരിയായ അറിവല്ലേ എന്ന് യോഗിക്കുന്നു ർജിക്കുന്നത് ശരിയായ അറിവാകാൻ വഴിയില്ല കാരണം നമ്മൾ ആർജിക്കുന്ന അറിവ് സാധാരണഗതിയിൽ പെടുന്ന ഏതെങ്കിലും ഒന്നിനു പെടത്തേക്കോ കാരണം എന്തുകൊണ്ട് അങ്ങനെ പറയുന്നു കാരണം ഈ അറിവുകളെല്ലാം വളരെ തീവ്രമായ കഠിനമായ തപസ്സിന്റെ ഫലമാണ് ശ്രേഷ്ഠന്മാരായ ആചാര്യന്മാരാണ് ഇതൊക്കെ അവതരിപ്പിച്ചത് വലിയ തപസ് ശേഷം അവർക്ക് അറിയാൻ കഴിഞ്ഞ ഇത്ര മാത്രമാണ് അങ്ങനെയാണെങ്കിൽ ഈ തപസൊന്നുമില്ലാതെ ഇതിനറിയാൻ ശ്രമിക്കുന്നവരുടെ അറിവ് എന്തായിരിക്കും അല്പം തന്നെ ആയിരിക്കും അറിവെന്തിനുപകരിക്കും ആച്ഛാദിത അത് തത്വം മറയ്ക്കാനേ അത് ഉപകരിക്കത്തുള്ളൂ ഇതറിവിന്റെ ഒരു സ്വഭാവമാണ് നമ്മൾ പിന്നെ എന്താ സംഭവിക്കുന്നത് കേവലമായ അഭിമാനം മാത്രം ആത്മതത്വം അതിനെക്കുറിച്ച് ഞാൻ ശരിയായി അറിയുന്നു ആത്മതത്വം എനിക്ക് വെളിപ്പെട്ടിരിക്കുന്നു ഇങ്ങനെയൊക്കെയുള്ള കേവല അഭിമാനത്തിലാണ് ഈ സാധകന്മാരെല്ലാവരും നിൽക്കുന്നത് പരമാർത്ഥത്തിലല്ല അങ്ങനെയാണെന്ന് പറയുന്നത് സദാ സർവത ആവ്രത നിങ്ങളിതിനെ മനസ്സിലാക്കി ധരിച്ചു എന്നെല്ലാം കരുതുമ്പോഴും ഒരു തപസ്സുമില്ല കേവലം മസ്തിഷ്ക ഇതിനെ ഗ്രഹിച്ചു എന്ന് കരുതുമ്പോഴും ആ ധാരണ കൊണ്ട് തന്നെ എന്തു ചെയ്യുന്നു ദാവൃതമായിരിക്കുന്നു അതാ പറഞ്ഞത് പണ്ഡിതന്മാരുടെ സ്ഥിതി അതാണെങ്കിൽ സാധാരണക്കാരന്റെ കാര്യം എന്താണ് ഭഗവാൻ നാസ്തിയാദി പോടി അസ്പഷ്ടോ അസ്ഥ്യാദി വികല്പന വർജിത ആരായി കൽപ്പനകളൊക്കെ നടത്തുന്നത് കല്പനകൾക്കൊക്കെ ആധാരമായിരിക്കുന്ന എന്താണ് അതാണിവൻ അന്വേഷിക്കുന്ന ആത്മാവ് കല്പനകൾ നടത്തുന്നവനെ തന്നെയാണ് അന്വേഷിക്കുന്നത് ഈ കല്പനകൾ നടത്തുന്നവനെന്ന് പറയുമ്പോൾ കല്പനകൾക്ക് ആധാരമായിരിക്കുന്നവൻ ഈ കല്പനകളാണ് പരമാർത്ഥവും ധരിക്കുന്നത് ആത്മാവിനെ ഞാൻ അറിയുന്നു എന്ന് പറയുമ്പോൾ എന്താ അവൻ പരമാർത്ഥം ധരിക്കുന്നത് ആത്മാവിനെ കുറിച്ചുള്ള എന്റെ ധാരണ ശരിയെന്നാണ് ആത്മാവിനെ കുറിച്ചുള്ള എന്റെ ധാരണ പരമാർത്ഥമെന്നാണ് എനിക്കും ആത്മാവിനെ കുറിച്ചുള്ള ഒരു ധാരണകളും പരമാർത്ഥമാകത്ത് മറിച്ച് ആ ധാരണകളാൽ അസ്പൃഷ്ടമായിരിക്കുന്നു ഒരു ധാരണകളും സ്പർശിക്കാതിരിക്കുന്നതാണ് അമ്മാവ് നമ്മൾ പറയും തസ്യമതം എന്ന് ശ്രുതി വേറെടുത്ത് പറയും ഏത് ധാരണകളാണോ ഇത് വെളിപ്പെട്ടു എന്ന് തോന്നിപ്പിക്കുന്നത് ആ ധാരണകളൊന്നും ഇതിനെ വെളിപ്പെടുത്തുന്നില്ല എന്നാണ് അസ്പൃഷ്ടഹച്ച് ഈ ധാരണകൾക്കെല്ലാം ആധാരമായി നിൽക്കുന്നതാണ് അവനെ സംബന്ധിച്ചിടത്തോളം താൻ ഏതെങ്കിലും ഒരു അറിവിലൂടെ അതിനെ അറിഞ്ഞു എന്നുള്ള ഭാവം മടിച്ചത് തന്റെ ഒരറിവുകൾ സ്പർശിക്കാത്ത ഒന്നാണ് എന്നുള്ളതാണ് അവന്റെ യഥാർത്ഥമായ അറിവ് അതാണ് യസ ഭഗവാൻ ആ ഭഗവാൻ എന്ന് പറയുന്നത് ഈ സ്വസ്വരൂപത്തെ തന്നെ തന്റെ സ്വരൂപമായിരിക്കുന്ന ആത്മതത്വത്തെ തന്നെ അല്ലെങ്കിൽ സർവാധാരമായിരിക്കുന്ന ആത്മതത്വത്തെ തന്നെ അത് ആ ഭീ അസ്ഥി നാസ്തി ഇത്യാദി കോടി ഭീകര ആത്മാവിനെ കുറിച്ച് എന്തോ ചിന്തിക്കുക അല്ലെങ്കിൽ ആത്മാവിനെ കുറിച്ച് എന്തൊക്കെയോ പഠിക്കുക എല്ലാ അറിവുകളും ഈ പറയുന്ന നാല് കോടികൾ എവിടെയെങ്കിലും ഉൾപ്പെട്ടിരിക്കും അതിനപ്പുറം ചിന്തിക്കാൻ മതി അതാണ് അസ്തി നാസ്തിയാദി കോടി ഭീ എന്താണ് പരമാവധി അങ്ങേയറ്റം നമുക്ക് പറയാമെന്നുള്ളത് എന്താണ് ഒന്നുകിൽ പറയാം ഇതുണ്ട് അല്ലെങ്കിൽ പറയാം ഇതൊന്നും ഇല്ലാത്തതാണ് രണ്ടായാലും അസംബന്ധമാണ് ഞാനിതിനെ അറിയുന്നു എന്ന് പറഞ്ഞാലും അസംബന്ധം അറിയുന്നില്ലെന്ന് പറഞ്ഞാലും അസംബന്ധം അതുകൊണ്ട് പറയുന്നു കോടി ഭീ ചതശ്രി നാലുകോടികൾ സർവഭാവനകളും അതീതമായിരിക്കുന്നവൻ സർവഭാവനകൾക്കും ആധാരമായിരിക്കുന്നത് കൊണ്ട് തന്നെ അത് അതീതമായിരിക്കുന്നു അതുകൊണ്ടുതന്നാണ് അസ്ഥി ആദി വികൽപ്പനാവർജിത അസ്ഥി തുടങ്ങിയ കൽപ്പനകൾ സർവകൽപ്പനാരഹിതനായിരിക്കുന്നവനെന്നർക്കും യന മുനാദൃഷ്ട അങ്ങനെ സർവകല്പനാരഹിതനായി സർവകല്പനയ്ക്കാധാരമായി നിർവിഷയമായി ഏതൊരു മുനിയാണോ ഇതിനെ ഗ്രഹിച്ചത് ജാത അങ്ങനെ ഒരു ആത്മാവിനെ ഇങ്ങനെ ഗ്രഹിക്കാൻ കഴിയും വേദാന്തി വേദാന്തത്തിലൂടെ വേദാന്ത ഉപനിഷകഗമ്യ മറ്റൊരു കഴിഞ്ഞ ദിവസം നമ്മള് പറഞ്ഞു ഉപനിഷത്തിലൂടെ അല്ലാതെ അതുകൊണ്ടാണ് ഉപനിഷത്താൻ മറ്റൊരു ഉപദേശവും ഇല്ല ഉപനിഷത്ത് അല്ലാതെ പരമാർത്ഥത്തെ അവിടെ മാത്രമേ വെളിപ്പെടുത്തുന്നുള്ളൂ അപ്പോ അത് ഉപനിഷത്താണല്ലോ ഞാൻ പഠിക്കുന്നത് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല കാരണം ഈ മുമ്പ് പറഞ്ഞു ആചാര്യന്മാരെല്ലാം ഉപനിഷത്ത് പഠിച്ചവരാണ് എന്നിട്ടും ഉപനിഷത്തിൽ നിന്നും ഉപനിഷമായ പുരുഷൻ അവർക്ക് വെളിപ്പെട്ടില്ല എന്താ പറയുന്നതിന്റെ താൽപര്യം ഉപനിഷത്തിലൂടെയാണ് ഇത് വെളിപ്പെടേണ്ടത് ഉപനിഷത്ത് മാത്രമാണ് വെളിപ്പെടുത്തുന്നത് പക്ഷേ ഉപനിഷത്ത് പഠിക്കുന്നവർക്കോ പഠിച്ചവർക്കോ ഒന്നും വെളിപ്പെട്ടില്ലെന്നും പറയും എന്താ എന്റെ താൽപ്പര്യം എന്ന് പറയുന്നത് സർവവികൽപനാവർജിതനായി ഉപനിഷത്തിൽ നിന്നറിയും സർവ്വധാരണകളെയും നിരാകരിക്കുന്നിടത്താണ് ഇത് സ്വയം പ്രകാശിക്കുന്നത് എന്നറിയും അതാണ് അതിനെക്കുറിച്ചുള്ള സംയുക്തമായിട്ടുള്ള അറിവ് യഥാർത്ഥത്തിലുള്ള അറിവ് അല്ലാതെ ഏതെങ്കിലും അറിവിലൂടെ വെളിപ്പെടുന്നല്ല ഈ അറിവുകളു തന്നെയാണ് ഈ മറ ഈ മറയെ നീക്കുമ്പോ ശേഷിക്കുന്നു അങ്ങനെ തന്നെ അറിയും ഈ മറകളെയൊക്കെ നീക്കുമ്പോൾ ഇതിനറിയാൻ പറ്റുമോ ഈ മറകളെയെല്ലാം നീക്കുമ്പോൾ ഇതിനറിയേണ്ട ആവശ്യമുണ്ടെന്ന് സ്വയം പ്രകാശിക്കുക പരാപേക്ഷ കൂടാതെ ഈ ബുദ്ധിയുടെ സഹായം കൂടാതെ ഈ ആർജിച്ച സഹായം കൂടാതെ അത് സ്വയം പ്രകാശിക്കും അതിനനുഭൂതി എന്ന് പറയുന്നത് അപരോക്ഷജ്ഞാനം എന്ന് പറയുന്നു ആ തരത്തിൽ അതിനെ വെളിപ്പെടുത്തുന്നത് പനിഷത്ത് മാത്രം ഉപനിഷ പുരുഷ സർവ്വകൽപ്പനകളെയും സർവധാരണകളെയും നിരാകരിച്ചുകൊണ്ട് നിഷേധിച്ചുകൊണ്ട് സ്വയം പ്രകാശിക്കുന്നത് ജ്ഞേയം അജ്ഞേയം നിലകൾക്ക് അപ്പുറമായിരിക്കുന്നത് മതം അമതം എന്ന ശ്രുതി പറഞ്ഞു അതിനപ്പുറമായിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ എന്താണത് അന്ധതയാണോ ശൂന്യതയാണോ അജ്ഞേയമാണോ അല്ല അതുകൊണ്ട് പറയുന്നത് എന്താണ് സ്വയം പ്രകാശിക്കുന്നത് എന്ന് ശ്രുതി വെളിപ്പെടുത്തിയിട്ടുണ്ട് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ എന്നുള്ള ശ്രുതി പറയുന്നുണ്ട് സാക്ഷാത് അപരോക്ഷമായിരിക്കുന്നു ബുദ്ധി കൊണ്ട് വെളിപ്പെടുത്തുന്നതല്ല പ്രയത്നം കൊണ്ട് അറിയാൻ പറ്റിയതല്ല ശാസ്ത്രജ്ഞാനം കൊണ്ട് വെളിപ്പെടുന്നതല്ല പിന്നെ എന്താ ഇതിന്റെ ആവശ്യം ഉപനിഷത്തിന്റെ ആവശ്യം എന്താണോ ഇത് ഉപനിഷത്തിൽ വെളിപ്പെടുത്തുന്നുണ്ടെങ്കിൽ ശാസ്ത്രത്തിന്റെ ആവശ്യമുണ്ട് അധ്യയനത്തിന്റെ ആവശ്യമുണ്ട് തപസ്സിന്റെ ആവശ്യം മറ്റു സാധനങ്ങളുടെയൊക്കെ ആവശ്യം എന്താണോ അതെല്ലാം ഈ മറയി നീക്കുന്നതിന് വേണ്ടി മാത്രം ഈ വികല്പങ്ങളെ നിരാകരിക്കുന്നതിന് വേണ്ടി മാത്രം ഇതൊന്നും തന്നെ ആത്മാവിനെ വെളിപ്പെടുത്തുന്നതിന് വേണ്ടിയല്ല അതാണ് പറഞ്ഞു വരുന്നത് അത് പറഞ്ഞു പറഞ്ഞ അവസാനം ശു വായിപ്പോ ഞങ്ങൾക്ക് സംശയം എവിടെ കൊണ്ട് എത്തിക്കുന്നത് ഇതിനെല്ലാം ബാധിച്ചിട്ട് ശേഷമായി സ്ഥിതി ചെയ്യുന്നു അങ്ങനെ ബാധിച്ച ശേഷമായി സ്ഥിതി ചെയ്യുന്നതിന് ഞാൻ അറിയണ്ടേ വേണ്ട ആ സ്വയം അറിവ് തന്നെയാണ് സ്വയം പ്രകാശിക്കുന്നതാണ് അതിന് പിന്നെ അറിയണ്ട ആവശ്യമില്ല എന്തുകൊണ്ട് അത് പറയുന്നു സസർവദൃക്സർവ്വദൃക്കായിരിക്കുന്നു സർവദൃർക്കായിരിക്കുന്നതിന് പിന്നെ ആരാ അറിയുന്നതിന് അതിന്റെ അല്പമായ ബുദ്ധി കൊണ്ട് അതിനെങ്ങനെ ഗ്രഹിക്കാൻ പറ്റും അവൻ സർവജ്ഞനായിരിക്കുന്നു അവനാണ് സർവജ്ഞൻ അല്ലാതെ ഈ സംസാരത്തിന്റെ നൂലാമാലകളെ അറിയുന്നവനല്ല സർവജ്ഞ അത് നമുക്കറിയാൻ പറ്റും അതിന് പിട സർവജ്ഞൻ പറയുന്നില്ല അനുസർവജ്ഞനെന്ന് പറയുന്ന സ്ഥലങ്ങളുണ്ട് സംസാരത്തിന്റെ എല്ലാ നൂലാമാലകളും അറിയും ആകാശത്തെ കുറിച്ചറിയുക ഭൂമിയെ കുറിച്ചൊന്നും അറിയുകെ കുറിച്ചറിയുക സൂര്യചന്ദ്രന്മാരെ കുറിച്ചൊക്കെ അറിയുക ഭൂതഭാവികളെ അറിയുക അതുമൊക്കെ സർവജ്ഞത തന്നെയാണ് പക്ഷെ ഇവിടെ അതെല്ലാം നിരുപയോഗമാണ് അതെല്ലാം ബാലിസമായ അറിവാണ് മറിച്ച് എന്താണ് സർവദർക്കാണ് ഇവിടെ എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം പ്രകാശിച്ചുകൊണ്ട് സർവത്തെയും സ്വയം പ്രകാശിച്ചുകൊണ്ട് സർവത്തെയും പ്രകാശിപ്പിക്കുക എന്ന് പറഞ്ഞാൽ ജാഗ്രത സ്വപ്നങ്ങൾ പ്രപഞ്ചം സംസാരം എന്ന് പറഞ്ഞാൽ ഈ ജാഗ്രത സ്വപ്നങ്ങളാണ് വേണ്ടി വന്ന സുഷുപ്തിയും ഒരു പരിധി വരെ അത് ഉൾപ്പെടുത്താം ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നു ഇതെല്ലാം എല്ലാവർക്കും പ്രകാശിപ്പിക്കുന്നുണ്ടോ ശരി ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്നവൻ അന്ധമായിട്ടാണോ പ്രകാശിപ്പിക്കുന്നത് ഇതിനെല്ലാം പ്രകാശിപ്പിക്കുന്ന ഇരുട്ടാണോ എന്ന് ചോദിച്ചാൽ ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഈ ജാഗ്രത്തിനെയും സ്വപ്നത്തെയും എല്ലാം പ്രകാശിപ്പിക്കുന്നവർ ഇരുട്ടാണോ ആർക്ക് പറയാൻ കഴിയും അത് പറയാൻ കഴിയത്തില്ല അങ്ങനെയാണെങ്കിലും ജാഗ്രതയും സ്വപ്നത്തിനെയൊക്കെ പ്രകാശിപ്പിക്കുന്ന എന്താ അതൊരു വെളിച്ചമാണ് അപ്പോ അത് സ്വയം പ്രകാശിക്കുന്നതാണ് അതൊരു വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം പ്രകാശിക്കുന്നത് അഗ്നി എന്ന് പറഞ്ഞാൽ എന്താണ് സ്വയം പ്രകാശിക്കുന്നു അഗ്നിക്ക് പ്രകാശം മറ്റാരും കൊടുക്കുന്ന മറ്റൊരു വസ്തുവിൽ അഗ്നിക്ക് പ്രകാശം കൊടുക്കും അതുകൊണ്ടെന്ന് പറയുന്നു അത് സ്വയം പ്രകാശമാണ് അതുപോലെ ജാഗ്രത സ്വപ്നങ്ങളെ ജഗ്ന സ്വപ്നങ്ങൾ പ്രകാശിക്കുന്നുണ്ട് ഓരോ ജീവനും പ്രകാശിക്കുന്നുണ്ട് അത് പ്രകാശിക്കുന്നില്ല എന്നാർക്കും പറയാൻ പറ്റില്ല അപ്പൊ അവിടെ ചോദിക്കണം ആരാധന പ്രകാശിപ്പിക്കുന്നത് ഏത് അന്ധകാരമാണോ നിങ്ങൾ ഏത് ശൂന്യതയാണ് പ്രകാശിപ്പിക്കുന്നത് അവിടെ ആർക്കെങ്കിലും പറയപ്പെട്ടു ഒരു വലിയ ഇരുട്ടാണ് ഈ വെളിച്ചത്തെ പ്രകാശിപ്പിക്കുന്നത് ശൂന്യതയിലാണ് അങ്ങനെ ആർക്കും പറയാൻ കഴിയുന്നത് പിന്നെന്താണോ അതിനൊരു പ്രകാശത്തിലാണ് നിലനിർത്തുന്നത് അത് സർവദ്ര സർവജ്ഞ സർവജ്ഞൻ എന്തുകൊണ്ട് പറയുന്നു പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു സൂര്യന്റെ പ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു നെഴിലും വെളിച്ചവും പ്രപഞ്ചമെല്ലാം പ്രകാശിക്കുന്നു അതുപോലെ ഈ ആത്മപ്രകാശത്തിൽ സർവവും പ്രകാശിക്കുന്നു അതുകൊണ്ട് തന്നെ സർവജ്ഞൻ എന്ന് പറയുന്നു അല്ലാതെ നമ്മൾ ധരിക്കുന്ന പോലെ ഭൂതഭാവികളെ അറിയുന്നതുകൊണ്ടല്ല അല്ല ഒരാൾക്ക് ഭൂതഭാവികളെ അറിയാമെങ്കിൽ നല്ല കാര്യം മോശപ്പെട്ട കാര്യവും നല്ല പറയും ഇവിടെ സർവജ്ഞൻ പറയുന്ന എന്തുകൊണ്ട് പണ്ഡിത ഇവിടെ സർവജ്ഞൻ പറയുന്നു എന്ന് പറഞ്ഞാൽ നൂവ് പറഞ്ഞ പണ്ഡിതന്മാരല്ല അവരും പണ്ഡിതന്മാരാണ് അവരെ പറഞ്ഞു ബാലിശ പണ്ഡിത പണ്ഡിതന്മാർ നിങ്ങൾക്ക് ഭൂതഭാവികളെയൊക്കെ അറിയാം പക്ഷേ ഈ സ്വയം പ്രകാശിക്കാൻ കഴിയില്ലെങ്കിൽ ബാരിച്ച പണ്ടിതും ഈ തത്വമായി സ്വയം പ്രകാശിക്കാൻ കഴിഞ്ഞാൽ അത് പരമാർത്ഥ പണ്ഡിതം അതിന് ഒന്നിനെ മാത്രമേ ഇവിടെ പരമാർത്ഥമായി അംഗീകരിക്കുന്നുള്ളൂ അതാണ് ഇവിടെ പറയുന്ന എന്റെ താല്പര്യം സൃതാൻസ്പൃഷ്ടോ ഏന ദൃഷ്ട സർദൃക്വജതാ കൃഷ്ണ ബ്രാഹ്മണ്യം പദമയം ധ്യമത പരമീഹത്തെ സമസ്ത സംജ്ഞ്യം പദം സ ബ്രാഹ്മണ ഇവിടെ പറയുന്നു യഥോക്താം കൃഷ്ണ ഈ പറഞ്ഞ കൃഷ്ണമായ പൂർണ്ണമായ ഇതിനെ പ്രാപിച്ചിട്ട് എന്നുവെച്ചാൽ ഈ തത്വത്തെ സാക്ഷാത്കരിച്ചിട്ട് അതും എന്ന് പറയുന്നു ഇതാണ് സമസ്താം സർവജ്ഞത ഇതാണ് സമസ്തമായ പൂർണ്ണമായ സർവജ്ഞത എന്ന് പറയുന്നത് ഇതാണ് നമുക്ക് സർവജ്ഞനായ തപസ് തപസ് ചെയ്തു കഴിഞ്ഞാൽ സത്യനിഷ്ഠ ധർമ്മനിഷ്ഠ പോലെയുള്ള ബ്രഹ്മചര്യനിഷ്ഠ അങ്ങനെയുള്ള തപസ്സുകൾ ചെയ്തു കഴിഞ്ഞാൽ സർവജ്ഞത പറയുന്ന ഭൂതഭാവികളെ കുറിച്ചൊക്കെ അറിയാൻ പറ്റും മറ്റ് ഐശ്വര്യങ്ങളെല്ലാം പ്രാപ്തമാകും പക്ഷെ അത് സമസ്തമായ സർവജ്ഞതയല്ല അതെല്ലാം അത്തരം സർവജ്ഞതകളെല്ലാം ഉണ്ടായത് വാസ്തവത്തിൽ സർവജ്ഞത എന്ന് പറയുന്നത് തപസിന്റെ ഫലമാണ് അത് മോശമായ കാര്യമൊന്നും ഒരു കുറഞ്ഞ കാര്യമൊന്നും എന്ന് പറഞ്ഞ ഇവിടെ പറയുന്നു അങ്ങനെ ധരിക്കരുത് പക്ഷെ ഇവിടെ പറയുന്നത് ഇവിടെ പറയുന്ന ഒരു സർവജ്ഞതയുണ്ട് അതെന്താണ് സമസ്തമായ സർവജ്ഞതയാണ് ആത്മജ്ഞാനം ആത്മജ്ഞാനത്തിൽ കുറഞ്ഞ സർവജ്ഞതകളെ ആത്മജ്ഞാനവുമായി താരതമ്യപ്പെടുത്തി പറയുകയാണ് അല്ല സർവജ്ഞത മോശമെന്നോ സർവജ്ഞൻ മോശമൊന്നുമല്ല പറയുന്നു ബാക്കി ആത്മജ്ഞാനരഹിതമായ ആത്മബോധം കൂടാതെയുള്ള മറ്റെന്തെല്ലാവരും എല്ലാ അറിവുകളെയും ഇവിടെ വികല്പങ്ങളുടെ കൂട്ടത്തിൽപ്പെടുത്തിയിരിക്കുന്നു അതുകൊണ്ട് പറയുന്നാണ് അവൻ എന്തിനാ പ്രാപിച്ചിരിക്കുന്നവിടെ ബ്രാഹ്മണ് ബ്രാഹ്മണ് പദവി പ്രാപിച്ചിരിക്കുന്നു സ ബ്രാഹ്മണ അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അപ്പോ അതങ്ങനെ പ്രത്യേകം എടുത്തു പറയുന്നതെന്ന് കൊണ്ടു കൂടെ ആചാര്യം അവനാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് പ്രാപ്യ സർവജ്ഞതാം കൃഷ്ണാം ബ്രാഹ്മണ്യം എന്ന് എടുത്ത് പ്രത്യേകിച്ച് പറയുന്നതിന് കാരണം ഈ ബ്രാഹ്മണൻ എന്ന് പറയുന്നൊരു ജാത്യഭിമാനമാണ് കേവലമായ അത് കേവലമായൊരു അഭിമാനം മാത്രമാണോ അല്പമായ അഭിമാനം മാത്രമാണ് ആ അഭിമാനത്തിൽ അല്ല ബ്രാഹ്മണത്വം സ്ഥിതി ചെയ്യുന്നത് അത് പറയാണ് തലയിൽ കുറച്ച് രോമം വളർത്തിയത് കൊണ്ടോ ഒരു ചാക്കുനൂലെടുത്തിട്ടുണ്ടോ എന്നു ബ്രാഹ്മണനാകത്തില്ല എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത് അപ്പോ അത് കണ്ടും ഇട്ടിട്ട് ബ്രാഹ്മണനാണെന്നുള്ള അഭിമാനത്തോടു കൂടി ഒരുപാട് പേര് ജീവിക്കുന്നുണ്ട് ഈ ലോകത്ത് അതുകൊണ്ടാണ് ഇവിടെ പറയുന്നത് അതൊന്നുമല്ല ബ്രാഹ്മണ്യം ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് സർവജ്ഞതയാണ് ഏതെങ്കിലും തരത്തിലുള്ള സർവജ്ഞത വേദം പഠിച്ചതുകൊണ്ടും ആകത്തില്ല വേദമെല്ലാം മൊത്തം മനഃപ്പാടം പഠിച്ചിരിക്കുന്നു അതുകൊണ്ടും ആകത്തില്ല ഇനി തപസ് ചെയ്ത് അതുകൊണ്ടും ആകത്തില്ല ബാഹ്യമായ ചിഹ്നങ്ങൾ അണിഞ്ഞു അതുകൊണ്ടും ആകത്തില്ല പ്രത്യേകിച്ച് ഒരു കുലത്തിൽ പിറന്നു അതുകൊണ്ടും ം പ്രാപിക്കാൻ പറ്റത്തില്ല ഇതിലൊക്കെയാണ് മനുഷ്യന്റെ അഭിമാനം ഇരിക്കുന്നത് ദുരഭിമാനങ്ങൾ ഇതെല്ലാം കൊണ്ട് ഞങ്ങൾ ബ്രാഹ്മണരാണ് മറ്റുള്ളവരെക്കാൾ ശ്രേഷ്ഠമാണ് എന്ന് കരുതുന്ന ആൾക്കാരുണ്ട് അവരെ ഉദ്ദേശിച്ചു പറയാണ് ബ്രാഹ്മണ്യം അതല്ല എന്നാണ് സർവജ്ഞത ബ്രാഹ്മണ്യം അത് ബാഹ്യമായ അടയാളത്തിലൂടെ വെളിപ്പെടുന്നതല്ല വെളുത്തിരിക്കുന്നതോ കറുത്തിരിക്കുന്നതല്ല പാണ്ഡിത്യോ പാണ്ഡിത്യോ ഇല്ലാത്തതോ അല്ല വേദം പഠിക്കുന്നതോ പഠിക്കാതിരിക്കുന്നതല്ല യജ്ഞാതി കർമ്മങ്ങൾ ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ അല്ല അതൊന്നുമല്ല മറിച്ച് സർവജ്ഞത സമസ്തം സർവജ്ഞത പൂർണമായ സർവജ്ഞത ആത്മജ്ഞാനം ആത്മബോധം ആത്മബോധത്തെയാണ് ബ്രാഹ്മണൻ ഇരിക്കുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് ബ്രാഹ്മണ് പദം സദ്ബ്രാഹ്മണ അവനെയാണ് ബ്രാഹ്മണൻ എന്ന് പറയുന്നത് അത് ഇവിടെ മാത്രമാണോ പറയുന്നത് അല്ല ശ്രുതി പറയുന്നുണ്ടല്ലോ ബ്രാഹ്മണോസി മുഖം മാസി ബ്രാഹ്മണൻ മുഖമായിരുന്നു എന്ന് പറയുമ്പോൾ ചത്രിൻ വേറെ ആയിരുന്നു വൈശ്യൻ വേറെയായിരുന്നു ശ്രുതി വേറെയായിരുന്നു എന്നെല്ലാം പറയുമ്പോൾ അവിടെ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഞങ്ങളെ ആണല്ലോ എന്ന് ചിലത് പറയുന്നു അല്ല ശ്രുതിയും പറയുന്നത് എന്താണ് യേശു നിത്യു ബ്രാഹ്മണസ്യ ഇനി ശ്രീനും ബ്രാഹ്മണപഥം ഉപയോഗിച്ചിരിക്കുന്നതിന്റെ താല്പര്യം ഇത് തന്നെ അല്ല നമ്മള് ധരിക്കുന്നത് പോലെ അല്ലുതിയിലും പറയുന്ന എന്താണ് യേഷ നിത്യ മഹിമാ ബ്രാഹ്മണ അവിടെയും പറയുന്നത് എന്താണ് ബ്രാഹ്മണന്റെ ബ്രാഹ്മണത്വം ആ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് എന്താണ് ഈ ജ്ഞാനം തന്നെയാണ് ആത്മബോധം തന്നെയാണ് ആത്മബോധമില്ലാത്തവന് എന്ന് പറയും ൻ പറഞ്ഞിരിക്കുന്ന അനുസരിച്ച് കഴുത ബ്രാഹ്മണൻ അത് കഴുത ബ്രാഹ്മണനാണോ ബ്രാഹ്മണൻ വേണമെന്ന് വിളിക്കാൻ വിളിക്കുന്നോണ്ട് കുഴപ്പമില്ല പക്ഷെ കഴുത എന്നൊരു വിശേഷം കൂടെ ചേർത്തോളും എന്ന് വ്യാസ്കൻ തന്നെയാണ് പറഞ്ഞത് കാരണം എന്തുകൊണ്ടാണ് അത് പറഞ്ഞിരിക്കുന്ന സാറിനെ കുറിച്ചല്ല തപസ് ചെയ്ത് സ്വാധ്യായം ചെയ്ത് വേദമെല്ലാം അധ്യയനം ചെയ്ത് മീമാംസയെല്ലാം ചെയ്ത് കർമ്മങ്ങളെല്ലാം വിധിയു ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞിട്ടും അതിന്റെ തത്വത്തെ മനസ്സിലാക്കി നിങ്ങൾ അത് വെറും കഴുതയാണ് അപ്പോ അങ്ങനെയുള്ള ബ്രാഹ്മണനെ കുറിച്ചൊരു പറയാൻ ഒരു അവസരം കിട്ടിയപ്പോ അത് വെറുതെ വിടുന്ന ശരിയല്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വിശീകരിച്ചത്യ നിത്യോ മഹിമാ ബ്രാഹ്മണി ചെറുതിയും ഇത്രയും വ്യക്തമായി പറഞ്ഞിരിക്കുന്നു എന്നാണ് അത് ഭാഷ്യതാരം തന്നെ അങ്ങനെ പറയുമ്പോ അത് ശരിക്കും അത് വിശദീകരിക്കേണ്ട കാര്യമാണ് ആദിമദ്ധ്യാന്ത ഉത്പത്തിസ്ഥിതി ദയാ അനാപന്ന അപ്രാപ്ത യസ് അദ്വയസ്യ പദസിന വിദ്യന്റെ അത് അനാപന്നാദിമാന്തം ബ്രാഹ്മണ്യം പദം ആ ബ്രാഹ്മണ്യ പദത്തെക്കുറിച്ച് പറയുന്നു അത്രയും മഹത്വമുള്ളതാണ് അത്രയും ശ്രേഷ്ഠമാണ് അത് തന്നെ ഗുരുത്വം ബ്രാഹ്മണൻ എന്ന് പറഞ്ഞാൽ എന്താണ് ഗുരുവാണ് ബ്രാഹ്മണന് ഗുരുവെന്ന് പറയുന്നത് ഈ അർത്ഥത്തിലാണ് കാരണം ഗുരുത്വം അവിടെ ഗുരുത്വം ജ്ഞാനത്തിലേ ഉള്ളു ആത്മബോധത്തിലേ ഉള്ളു ഗുരുത്വം ആ ഗുരുത്വമുള്ളവൻ അതിനെക്കുറിച്ച് പറയണം ിൽ പറഞ്ഞു അനാപന്നാദിമ ചില പാഠമുണ്ട് ഭാഷയത്തിൽ ചിലയിടത്തില്ല അതിനെ വിശദീകരിക്കുന്നു ആദിമദ്ാന്ത ഉപ്രയാഹ അനാപന്നാപ്ത പ്രത്യേക എടുത്ത് പറയുന്നത് എന്താണ് നമ്മൾ ഒരുപാട് അറിവ് സമ്പാദിച്ചിട്ട് പാണ്ഡിത്യെ സമ്പാദിച്ചിട്ടൊന്നും ബ്രാഹ്മണനാകാനൊക്കെ തന്നെ ഗുരുവൻ പറയുകയാണ് അവന്റെ മനസ്സിലൊരു വിചാരം ഉണ്ട് എന്താണ് ഞാൻ ശൂദ്രനാണ് എന്നൊരു വിചാരമുണ്ട് അതുകൊണ്ട് ബ്രാഹ്മണനാകാൻ വേണ്ടി അവൻ എന്തു ചെയ്തു ഒരു നൂലൊക്കെ എടുത്തിട്ട് തലേനു കുറച്ച് മുടിയൊക്കെ വളർത്തി വേദം പഠിക്കാൻ തുടങ്ങി ഇവന്റെ ധാരണ എന്താണ് ഇത്രയും ചെയ്തു കഴിഞ്ഞാൽ ബ്രാഹ്മണനാകുന്ന ഇല്ല അതുകൊണ്ടൊന്നും ബ്രാഹ്മണനാകത്തില്ല എന്നറിയും ഒരു കഴുതെ കൂടെ സൃഷ്ടിക്കാന്നുള്ളതേ ഉള്ളു വിശേഷിച്ചൊന്നും സംഭവിക്കത്തില്ല ഒരിക്കലും അതൊന്നും ബ്രാഹ്മണ്യത്തിന്റെ അടയാ അടയാളമല്ല എന്തുകൊണ്ടാണ് അങ്ങനെ വേദം പഠിച്ചാലും അവൻ എന്താണ് ആദ്യമദ്യാന്തങ്ങളുള്ള ഉത്പത്തിസ്ഥിതി നാശങ്ങളുള്ള അറിവിനെ സമ്പാദിക്കുകയാണ് ഈ അറിവ് കൊണ്ടൊരാളും ബ്രാഹ്മണനാകത്തില്ല വേറെ ചോദ്യം വരും സദാചാരമുള്ളവൻ സദ്വൃത്തനായിട്ടുള്ളവൻ അറിവുള്ളവൻ അങ്ങനെയുള്ളവനെ ബ്രാഹ്മണൻ എന്ന് വിളിച്ചുകൂടെ വിളിക്കാം അത് ബ്രാഹ്മണൻ തന്നെയാണ് പക്ഷെ ഇവിടെ പറയുന്നത് അങ്ങനെയുള്ളവനെ കുറിച്ചല്ല അതും ബ്രാഹ്മണൻ തന്നെയാണ് ഇവിടെ പറയുന്നത് ആരാണോ ആദിമ്യാന്തങ്ങളായ ഉത്പത്തിസ്ഥിതി ലയങ്ങളുള്ള അറിവുകൾ പ്രാപിക്കാത്തവൻ എന്നർത്ഥം നമ്മൾ ആർജിക്കുന്ന ഈ അറിവുകളൊന്നും പ്രാപിക്കാത്തവൻ അതുകൊണ്ട് ശരിയായ ബ്രാഹ്മണത്വം എന്ന് പറയുന്നത് ആർക്കും അഭിമാനിക്കാൻ പറ്റിയ കാര്യമല്ല നമ്മൾ ആർജിക്കുന്ന എല്ലാ അറിവുകളും എന്താണ് നശിക്കുന്നതാണ് അപ്പൊ ഉത്പത്തിസ്ഥിതി ലയങ്ങളുള്ള അറിവുകൾ അനാപന്നാഹ പ്രാപിക്കാത്തവൻ അപ്രാപ്ത അത് പ്രാപിക്കാത്തവൻ ഇതൊരദ്വേയമായ പദത്തിലാണോ ഈ ഉത്പത്തിസ്ഥിതി ലയങ്ങളുള്ള അറിവ് പ്രാപിക്കാത്തത് എന്നർദ്ദേ അനാപരണാതിമ്യാന്തം ബ്രാഹ്മണ്യം പദം അതാണ് ഇവിടെ പറയുന്ന ബ്രാഹ്മണ്യമായ പദം എന്ന് പറയുമ്പോ ഇപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും ബ്രാഹ്മണ്യത്തിന്റെ ഏറ്റവും പരവുമായ ഒരവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറയുന്നത് ആ അവസ്ഥയിലാണ് ബാക്കിയുള്ള ബ്രാഹ്മണത്വത്തെ ഒക്കെ നിഷേധിക്കുന്നത് എന്നു ബാക്കിയുള്ള ബ്രാഹ്മണത്വങ്ങൾ ഇന്നല്ല പറയുന്നു സദാചാരം കൊണ്ടും സദ്വൃത്തി കൊണ്ടും പാണ്ഡിത്വം കൊണ്ടും ഒക്കെ ഒരാളെ ബ്രാഹ്മണമെന്ന് വിളിക്കുന്നേ തെറ്റില്ല പക്ഷെ ഇവിടെ അതല്ല ബോധിപ്പിക്കുന്നു ഇവിടെ പറയുന്നത് ആദിമദ്ധ്യാന്തങ്ങളില്ലാത്ത ഉത്പത്തിസ്ഥിതി ലയങ്ങളില്ലാത്ത അറിവ് അല്ലെങ്കിൽ അങ്ങനെയുള്ള അറിവ് പ്രാപിക്കാത്തവൻ ആദിമദ്ധ്യാന്തങ്ങളുള്ള അറിവ് പ്രാപിക്കാത്തവൻ ആർജിതമായ അറിവില്ലാത്തവൻ ആദിമദ്ധ്യാന്തരഹിതമായ അറിവ് ഉള്ളവൻ എന്ന് പറഞ്ഞെന്താണോ സ്വയം ആത്മാവായി പ്രകാശിക്കുന്നവൻ അല്ലെങ്കിൽ ആത്മാനുഭൂതിയിൽ ചെയ്യുന്നവൻ അവന്റെ ആത്മാനുഭൂതിയാണ് ബ്രാഹ്മണ്യം ഇവിടെ ആചാര്യൻ അതിനു മാത്രമേ പരമമായ ബ്രാഹ്മണ്യമായി സ്വീകരിക്കുന്നുള്ളൂ അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരെ മാത്രമേ ഇവിടെ ബ്രാഹ്മണനായി ഇവിടെ അംഗീകരിക്കുന്നുള്ളൂ അതാണിവിടെ ആചാര്യൻ പറഞ്ഞിരിക്കുന്നത് തത് അനാപന്നാധിമദ്ധ്യാന്തം ബ്രാഹ്മണ്യം അതിനാണ് അനാപന്നാധിമധ്യാന്തം ബ്രാഹ്മണൻ എന്ന് പറയുന്നത് ഇതൊന്നും പ്രാപിക്കാതിരിക്കുന്നവൻ പൂർണതയിൽ തന്നെ സ്ഥിതി ചെയ്യുന്നവൻ തദ്വ പ്രാപ്യലബ്വാ ആ ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചിട്ട് അധ പരം അസ്മാത്മലാഭ ഊർധമീഹ്യത നിഷ്പ്രയോജനം എന്നർത്ഥം ആ ബ്രാഹ്മണ്യത്തെ പ്രാപിച്ചവൻ അപൂർണതയെ പ്രാപിച്ചവൻ ആത്മാനുഭൂതിയിൽ സ്ഥിതി ചെയ്യുന്നവൻ ും മറ്റും ആത്മരഥി ആത്മക്രീഡൻ ആത്മനീവസന്തുഷ്ടൻ എന്നെല്ലാം പലതരത്തിൽ പറഞ്ഞു ഈ ബ്രാഹ്മണത്തിനെ കുറിച്ച് അവൻ മുഖ്യമതപരം അസ്മാ ആത്മലാഭ ഊർജ്ജം ഈഹതയെ ചേഷ്ടതയും നിഷ്പ്രയോജനം ആത്മലാഭത്തിനപ്പുറം അവൻ മറ്റെന്ത് നേടാൻ വേണ്ടിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അവൻ മറ്റൊന്നും നേടാനില്ല നേടേണ്ടതെല്ലാം നേടിക്കഴിഞ്ഞു കൃതാർത്ഥനായി കൃതകൃത്യനായി അവന് അവന് പിന്നെ എന്തെങ്കിലും നേടാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രവൃത്തി തനിക്ക് വേണ്ടി എന്തെങ്കിലും നേടണം എന്ന് കരുതിയുള്ള ഒരു പ്രവൃത്തി സംഭവിക്കുന്നില്ല കാരണം അവനെ സംബന്ധിച്ച് പ്രയോജനങ്ങളൊന്നുമില്ല അവന് അത്തരത്തിലുള്ള കർമ്മങ്ങൾ കാണുന്നില്ല അതങ്ങനെ എടുത്തു പറയുന്ന എന്താണ് സാധാരണ നമ്മൾ ബ്രാഹ്മണൻ എന്ന് പറയുന്നത് വേദം പഠിച്ചിട്ട് കർമ്മം ചെയ്യുന്നവരാണ് തനിക്ക് വേണ്ടി കർമ്മം ചെയ്യുന്നു അല്ലെങ്കിൽ മറ്റുള്ളവരെ സ്വർഗ്ഗത്തിൽ എത്തിക്കാൻ വേണ്ടി കർമ്മം ചെയ്യുന്നു അപ്പോൾ ഇവിടെ പറയുന്നു അത് ബ്രാഹ്മണനല്ല വേണമെങ്കിൽ പറയാം ഇനി അടുത്ത ഭാഷകാരം പറയും എന്താണ് ദൌണബ്രാഹ്മണൻ എന്ന് വിളിക്കാം മുഖ്യബ്രാഹ്മണനല്ല കന അയാൾ കഷ്ടപ്പെട്ട് വേദം പഠിച്ചു കഷ്ടപ്പെട്ട് മറ്റുള്ളവരെ സ്വർഗ്ഗത്തിലാക്കാൻ വേണ്ടിയിട്ട് തീയും പുകയും ഒക്കെ കൊള്ളുന്നുണ്ട് അപ്പൊ ആ പ്രയത്നത്തിനൊരു പ്രതിഫലം കൊടുക്കണമല്ലോ അതുകൊണ്ട് വേണമെങ്കിൽ ഗൗണബ്രാഹ്മണൻ എന്ന് വേണമെങ്കിൽ പറയാം പക്ഷെ അത് മുഖ്യ ബ്രാഹ്മണൻ അല്ല എന്ന് ഭാഷകാരൻ തന്നെ എനിക്ക് പറയും എന്തുകൊണ്ട് നൈവത്തേ നാഥ എന്നാ പ്രത്യേക നെയ്മർശന വിധി ഒന്നാണ് അവന് കർമ്മം ചെയ്യുന്നതുകൊണ്ട് പ്രത്യേകിച്ചൊന്നും നേടാനില്ല അവൻ കർമ്മം ചെയ്യാതെ അലശനായിരുന്നിട്ട് അതിൽ നിന്നവൻ പ്രത്യേകിച്ച് സുഖം കണ്ടെത്തുന്നുമുണ്ട് രണ്ടുമല്ല അവന്റെ നില അത് രണ്ടുമല്ല അവൻ ആരെയും ഈ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടിവിടെ പണിയെടുക്കുന്നില്ല എന്നാൽ ഇതൊന്നും വേണ്ട ഇതൊക്കെ അസംബന്ധമാണ് എന്ന് കരുതിയിട്ട് സ്വന്തം അലസത കൊണ്ട് അവൻ പണിയെടുക്കാതിരിക്കുന്നുവല്ല ആ കൂട്ടത്തിൽ നിന്നും നമ്മൾ ഇവരെ ഉൾപ്പെടുത്തി കളയരുത് ഇപ്പോൾ ആത്മ ഞാൻ ഈ കർമ്മം ചെയ്യുമോ കർമ്മം ചെയ്യാതിരിക്കുമോ ആത്മജ്ഞാനീ കർമ്മം ചെയ്യുമെങ്കിൽ ഞാൻ ചെയ്യും എന്തുകൊണ്ട് എനിക്ക് ചെയ്തുകൂടാ അല്ല ആത്മജ്ഞാനീ കർമ്മം ഒന്നും ചെയ്യുന്നില്ല അങ്ങനെയാണെങ്കിൽ ഞാനും ഒന്നും ചെയ്യുന്നില്ല എന്നുള്ള ധാരണ വേണ്ടിയല്ല ഇത് പറയുന്നത് ആത്മ ഞാനിവിടെ നിലയെ കുറിച്ച് പറയുന്നു ചെയ്യുന്നതുകൊണ്ടോ കർമ്മത്തെ ഉപേക്ഷിക്കുന്നത് കൊണ്ടോ അവിടെ പ്രയോജനമൊന്നുമില്ല തനിക്ക് വേണ്ടി ഒന്നും ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല എന്തുകൊണ്ട് അവിടെ ആ തത്വജ്ഞാനമാകുന്ന ആത്മലാഭമാകുന്ന ബ്രാഹ്മണ് ഇത്യാദി സ്മൃതിയായി ചെയ്തു സ്മൃതി എന്ന് പറയുന്നത് എന്താണോ ഗീത ഗീത പോലുള്ള സ്മൃതികൾ പറഞ്ഞിരിക്കുന്നു ഭാഷികാരൻ ഗീതെ ശ്രുതി എന്ന് പറയത്തില്ല എന്നൊക്കെ നമ്മൾ പറഞ്ഞാലും ഭാഷകാരൻ പറയത്തില്ല ഭാഷകാരൻ പറയുന്നത് എന്താണോ ഇത് എന്ന് പറയും തൊട്ടു മുമ്പ് പറഞ്ഞു എന്താണോ യേശോ നിത്യോ മഹിമാ ബ്രാഹ്മണസ്യ ഇതി ശ്രുതേജേ ശ്രുതിയാണ് ഇത് സ്മൃതിയാണ് രണ്ടിനെയും രണ്ടായിട്ടേ ആണ് എന്നാലും സ്മൃതിയെ നമുക്ക് ശ്രുതി എന്ന് പറയുന്നത് എന്തുകൊണ്ട് അതിൽ ആ ശ്രുതിയുടെ താല്പര്യങ്ങൾ ഉള്ളതുകൊണ്ട് അങ്ങനെയാണ് ഗുരുക്കന്മാരുടെ ഉപദേശങ്ങൾ നമ്മൾ ശ്രുതിയെന്ന് പറയുന്നത് എന്തുകൊണ്ട് വാസ്തവത്തിൽ അത് ശ്രുതിയല്ല ശ്രുതി എന്ന് പറഞ്ഞാൽ എന്താണ് അക്ഷരവിന്യാസവും അക്ഷരക്രമവും വരണം എന്നാലേ അതിന് ശ്രുതി എന്ന് അംഗീകരിക്കും എന്നാൽ ശ്രുതിയുടെ താല്പര്യം ഉൾക്കൊള്ളുന്നതുകൊണ്ട് അതിന് ശ്രുതി എന്ന് പറയുന്നു അതുപോലെ വേണമെങ്കിൽ സ്മൃതേഹ എന്ന് പറയുന്നതിന് പകരം ശ്രുതി എന്നും പറയും പക്ഷെ സാങ്കേതികമായ അത് ശരിയല്ല അതുകൊണ്ട് പറഞ്ഞിരിക്കുന്നു ഇത്യാദി സ്മൃതയെ എന്ന് ഗീതയിലും പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഇത് പ്രത്യേകിച്ച് ഭാഗം പറയുന്നത് കേവലം ബ്രാഹ്മണാഭിമാനം കൊണ്ട് വേദങ്ങളും മറ്റും മറ്റുള്ളവരെ സ്വർഗ്ഗത്തിലയക്കാൻ വേണ്ടി കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്നവരെ നിരുത്സാഹപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അതല്ല പരമാർത്ഥം പരമാർത്ഥ ബോധിച്ചിട്ട് പ്രതികൃതി നായിത്തീരണം പിന്നെ തനിക്ക് വേണ്ടിയോ മറ്റുള്ളവർക്ക് വേണ്ടിയോ ഇങ്ങനെ കാമനകൾ നിറഞ്ഞ കർമ്മങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല പിന്നെ അവരുടെ കർമ്മങ്ങൾ അത് ലോകസംഗ്രഹപരമാണ് അതെല്ലാം ഗീതയിൽ നമ്മൾ ചർച്ച ചെയ്തതാണ് അതെല്ലാം പിന്നീട് വരുന്ന കാര്യങ്ങൾ ഇവിടെ ആ ബ്രാഹ്മണ്യം എന്താണ് എന്നുള്ള കാര്യത്തെ ഇവിടെ വിശദീകരിച്ചിരിക്കുന്നു സർവജ്ഞാം ണ്യം പദം അദ്വയം അനപന്നമധ്യത്ത പരമ ഈഹത്തെ വിപ്രാണിവിന യോ സമപ്രാകൃത ഉച്ച പ്രകൃതിദാത്ത വൃത് പ്രേതംക്തൃശ്ണ്രാമ്യം സബ്രാഹ്മണ വിപാണ ബ്രാഹ്മണ വിനയോ വിനീതം സ്വാഭാവികത്മസ്വരുപേണവസ്ഥാന വിനയ എന്താണ് വിനയം എന്നിവിടെ പറയാണ് എന്താണ് ബ്രാഹ്മണ്യം എന്ന് പറഞ്ഞതുപോലെ അപ്പോ ഇതിനെല്ലാം രണ്ട് തലങ്ങളുണ്ട് അത് അംഗീകരിച്ചു കൊണ്ട് തന്നെയാണ് പറയുന്നത് പറഞ്ഞിട്ടുള്ളത് സദാചാരവും സദ്വൃത്തനും ജ്ഞാനവും കൊണ്ട് ഒരാള് ബ്രാഹ്മണനാവാം പക്ഷെ അത് പരമവുമായ ബ്രാഹ്മണ്യല്ല പരമമായ ബ്രാഹ്മണ്യം പറയുന്നത് ആത്മബോധത്തില് സംഭവിക്കുന്നുള്ളൂ അതുപോലെ വിനയത്തെ കുറിച്ചും പറയുന്നു വിപ്രന്റെ വിനയം എന്ന് പറയുന്നത് എന്താണ് വിനയം വിശേഷേനയുടെ നയം എന്നാണ് ആ നയത്തിൽ അവന്റെ സർവ്വ വ്യവഹാരങ്ങളൊക്കെ ഉൾപ്പെടും അപ്പൊ ഇത് എന്താണ് ബ്രാഹ്മണാനാം വിനയോ വിനീതത്വം ആ വിപ്രന്റെ വിനയം എന്ന് പറയുന്നത് എന്താണത് സ്വാഭാവികം വിനയം എന്ന് പറയുന്നത് കൃത്രിമല്ല എന്നർത്ഥം സ്വാഭാവികം എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകത്തില്ല കൃത്രിമെന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാകാം അതുകൊണ്ട് കൃത്രിമല്ലാത്താൽ നിഷേധാത്മകമായി പറഞ്ഞാലേ മനസ്സിലാകത്തില്ല കാരണം സാധാരണ വിനയം എന്ന് പറയുമ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്നത് ബാഹ്യമായ ആചാരങ്ങളാണ് ബാഹ്യമായ ആചാര്യങ്ങൾ ആചാരങ്ങൾ അത് ആവശ്യമുള്ളതാണ് പലപ്പോഴും അത് ആവശ്യമുള്ളതാണെങ്കിലും അത് കെടുത്തിരുമോ ആണ് ആവശ്യമുള്ളിടത്തും അത് കിടത്തിരുമോ അതൊരു സഹജമൊന്നും പറയാൻ പറ്റില്ല നമ്മുടെ വിനയപ്രകടനങ്ങൾ അത് പലപ്പോഴും ആവശ്യമായിട്ട് ഗുരുവിന്റെ സന്നിധിയിൽ ഒരാൾ വിനയത്തെ പ്രകടിപ്പിക്കുന്നു അതനാവശ്യമെന്ന് പറയാൻ പറ്റത്തില്ല അതാവശ്യം തന്നെയാണ് അത് എൻ്റെ സദാചാരത്തിന്റെ ഒരു ഭാഗമാണ് പക്ഷേ അതിനും അത് സ്വാഭാവികമല്ല അതും കൃത്രിമമാണ് എന്തുകൊണ്ട് അത് ബോധപൂർവ്വം കരുതി കൂട്ടി നിയമങ്ങളനുസരിച്ച് ചെയ്യുന്ന കാര്യങ്ങളാണ് അപ്പൊ ഇത്തരത്തിലുള്ള ഒരു വിനയം ഈ ബ്രാഹ്മണൻ പ്രതീക്ഷിക്കരുത് ബ്രാഹ്മണനിൽ അത്തരത്തിലുള്ള ഒരു വിനയത്തെ പ്രതീക്ഷിക്കണ്ട അതല്ല ബ്രാഹ്മണന്റെ ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് എന്ന് പറയുമ്പോൾ ആ വിനയങ്ങളുടെ ശബ്ദം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ ലോകത്ത് നമ്മൾ നിശ്ചയിച്ചു വച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്ത് പേരിട്ട് വിളിച്ചാലും ശരി ധർമ്മമെന്നോ നീതി എന്നോ ഇത്തരം കാര്യങ്ങൾ ലോകത്തിൽ നമ്മൾ പ്രതീക്ഷിക്കുന്നത് പോലെ ബ്രാഹ്മണനെ പ്രതീക്ഷിക്കരുത് തത്വജ്ഞാനിയിൽ പ്രതീക്ഷിക്കരുത് തത്വജ്ഞാനിയുടെ നില മാത്രം മനസ്സിലാകുന്നതാണ് അവിടെ നമ്മളുടെ കല്പനകളനുസരിച്ചൊന്നും പ്രതീക്ഷിക്കരുതാണ് എന്തുകൊണ്ട് അത് സ്വാഭാവികം തത്വജ്ഞാനിയിൽ എന്ത് സംഭവിക്കുന്നു അത് സ്വാഭാവികമാണ് എന്നുവെച്ചാൽ അവിടെ കൃത്രിമമായിട്ട് ഒന്നും സംഭവിക്കുന്നില്ല തത്വജ്ഞാനിയുടെ പ്രകൃതി എന്തോ അതനുസരിച്ച് സംഭവിക്കുന്നു അതാണ് അവിടെ പറഞ്ഞു വരുന്നതിന്റെ താല്പര്യം അത് തത്വജ്ഞാനിയെ സംബന്ധിച്ചെന്താണോ ഏതേത് ആത്മസ്വരൂപേണ അവസ്ഥാനം ആത്മസ്വരൂപ സ്ഥിതിയാണ് ആത്മസ്വരൂപ സ്ഥിതിയിൽ അവിടെ പ്രത്യേകിച്ച് കൃത്രിമമായിട്ട് എന്തെങ്കിലും ഒന്നിനെ ഉണ്ടാക്കേണ്ട ആവശ്യം വരുന്നില്ല സഹജമായി എന്താണ് അവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അത് തന്നെ അതുകൊണ്ടാണ് ഭാഷകാരൻ പല ഭാഗത്തും പറയുന്നത് ബാഹ്യമായ തത്വവിജ്ഞാനിയുടെ ആചാരങ്ങളെ അനുകരിക്കുക എന്നുള്ളതല്ല അവിടെ ഉദ്ദേശിക്കുന്നത് മാതൃകയായി സ്വീകരിച്ച് അനുകരിക്കുക എന്നുള്ളതല്ല വാസ്തവത്തിന് അത് അതിൽ ഏതെങ്കിലും അനുകരണീയമായിട്ടുണ്ടെങ്കിൽ സ്വീകരിക്കാം നല്ലതിനെവിടെ അനുകരിക്കാം പക്ഷേ അത് സർവനുകീയം അല്ല അനുകരണീയമായിരിക്കണമെന്നില്ല എന്തുകൊണ്ട് അനുകരിക്കുന്നവന് ഒരു ന്യൂനതയുണ്ട് എന്താണ് ആ തത്വജ്ഞാനിരിക്കുന്ന ആത്മബോധത്തിന്റെ ന്യൂനതയുണ്ട് അപ്പൊ ആത്മബോധത്തെ തള്ളിക്കളഞ്ഞിട്ട് ബാഹ്യമായ ആചാരങ്ങളെ സ്വീകരിക്കുമ്പോൾ അത് അപൂർണമായി പോകും അത് കൃത്രിമമായി പോകും നിങ്ങൾ തത്വജ്ഞാനിയുടെ ഏതെങ്കിലും ആചരണത്തെ ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഗുരുവർ കോപിക്കുന്നു അതുകൊണ്ടിട്ട് ശിഷ്യൻ പറയണം ഗുരുവിന് വരെ കോപിക്കാമെങ്കിൽ പിന്നെ എനിക്കെന്തുകൊണ്ടായി കൂടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് കോപതാപാദികളെയൊക്കെ ജയിച്ചവരെന്നാണ് നമ്മുടെ ധാരണ അങ്ങനെ ഒരു ധാരണ അങ്ങനെയാണ് ഗുരുക്കന്മാർ പഠിപ്പിക്കുന്ന എന്താണ് ദ്വന്ദ്ങ്ങളെ ജയിച്ചവർ എന്ന് പറഞ്ഞിട്ട് ഗുരു കോപിക്കുന്നു അങ്ങനെ ഗുരു കോപിച്ചുകൊണ്ട് എനിക്ക് കോപിച്ചോണ്ട് ഞാൻ ഗുരുവായില്ലല്ലോ അത്രയൊന്നും ആയിട്ടില്ലല്ലോ അതായത് ചില ആൾക്കാർ വന്നു സ്വാമിമാരെ ചീത്തപോളി എന്നിട്ട് പറയും എന്താണ് ഞങ്ങള് സാധാരണക്കാര് സാധാരണക്കാര് ചിലപ്പോ ഞങ്ങൾ ഇതൊക്കെ പറയും സ്വാമിമാര് ഇതൊക്കെ ഞങ്ങൾ പറയാനും ക്ഷമിക്കേണ്ട ആൾക്കാരൊക്കെ കാരണം എന്തുകൊണ്ടാണ് അവര് ദ്വന്ദ് ജയിച്ചവരാണ് അപ്പോ പറയുന്ന ഇതെല്ലാം കേൾക്കാൻ ബാധ്യസ്ഥരാണ് എന്നാ ദ്വന്ദ് എന്ന് പറയുന്നത് എന്താണ് ഇവനോള കടപ്പാടായിട്ടാണ് അവൻ ധരിച്ചിരിക്കുന്നത് ഒരു ബാധ്യതയായിട്ട് അതുകൊണ്ട് ചീത്ത പിടിച്ചാലും തല്ലിയാലും എല്ലാം സഹിച്ചോളണമെന്നാണ് എന്നാണ് സാധാരണക്കാരന്റെ ഉപദേശം ഈ ഉപദേശം കേൾക്കുമ്പോൾ ചില സ്വാമിമാർക്കും തോന്നി പറയുന്നത് ശരിയാണല്ലോ അതുകൊണ്ടവന്റെ ചീത്ത പിടിയും തന്നെ സഹിക്കുന്നവരും ഉണ്ട് അല്ലെങ്കിൽ അവന്റെ മുമ്പിൽ അവൻ അജ്ഞാനിയായി പോകുന്നോന്ന് ഭയം നീട്ടില്ല ഒരുപാട് പേർക്ക് അബദ്ധം പറ്റാറുണ്ട് അപ്പോ ഇവിടെ പറയുന്നത് എന്താണ് അതല്ല എന്താണോ അത് കൃത്രിമല്ല സ്വാഭാവികമാണ് തത്വം ഞാൻ സംഭവിക്കുന്നത് അത് നിന്നും സംഭവിച്ചു കഴിഞ്ഞാൽ എന്താകും അത് കൃത്രിമമാകും അത് രണ്ടും രണ്ടാണോ അപ്പോ അതിനെ അനുകരിക്കുകയാണെങ്കിൽ ഗുരു ഗോപിച്ചു ഞാനും കോപിച്ചു എന്ന് പറഞ്ഞ് അതിനെ അനുകരിച്ചു കഴിഞ്ഞാൽ എന്തിനെ അനുകരിക്കുന്നത് അതിന്റെ എന്താണോ അവിടെ കാമ്പായിരിക്കുന്നത് അതിനെ വിട്ടിട്ട് അതിന്റെ വെറും പുറന്തോടിനെ എടുക്കുകയാണ് അവിടെ എവിടെയാണ് ഇതൊക്കെ സംഭവിക്കുന്നത് ജ്ഞാനത്തിനാണ് സംഭവിക്കുന്നത് ഇവിടെ എവിടെയാ അനുകരിക്കുന്നത് തന്റെ ജ്ഞാനത്തിന് അഭിവേകത്തിൽ ഇത് രണ്ടും ഇങ്ങനെ ഒന്നാവും ഗുരു കോപിച്ചുകൊണ്ട് തനിക്ക് കോപിക്കാൻ പറ്റൂ അതൊരിക്കലും സാധ്യമല്ല ഇത് ഞാനൊരു ഉദാഹരണമായിട്ട് പറഞ്ഞതാണ് ഇവിടെ പറയുന്നതിൻ്റെ പരമായ താല്പര്യം അവിടെയാണ് എന്താണ് ആ തത്വജ്ഞനൽ ഇരിക്കുന്ന ബ്രാഹ്മണ്യം എന്ന് പറയുന്നത് അത് സ്വാഭാവികമാണ് കൃത്രിമമായി ഉണ്ടാക്കുന്നതല്ല നമ്മൾ ശമതമാദികളുണ്ടാക്കുന്നത് സദാചാരത്തെ ഉണ്ടാക്കുന്നത് എല്ലാം എങ്ങനെ കൃത്രിമമായിട്ടാണ് ഇതും രണ്ടാണ് ആത്മബോധത്തിൽ പ്രകാശിക്കുന്നതും അജ്ഞാനത്തിൽ നേടിയെടുക്കുന്നതും ണ്ടാണ് എന്നാണ് ഇവിടെ പറഞ്ഞു വരുന്നത് സമപ്രാകൃത ഉച്ച പ്രകൃതിദാന്തം വിദ്വൻ സമവ്രേ ായ ഓണമിഷ്യാന് സി ശ്രീ വിരഭ്യ